സൗത്യശ സദാശിവസമാരംഭാ സൈവസ് വന്നേ മന്ദ്രംസ് ഭഗവത് പങ്കരം സമ ഭാഷ വലേ ും ചർച്ച അത് ഉപചരിതമാണോ ഗോണമാണോ ഉദാഹരണം പറഞ്ഞു ആത്മാക്തീ സർവാർത്ഥകാരണി അച്ഛേതനം ആത്മോപദേശം ഗുണമാകാമോ പറയുന്നു അല്ല അശ്രദ്ധ സത്യ അഭിസന്ധി വന്നാണ് സത്യനിശ്ചയം വന്നാണ് സദസ്മി തത്വമസി എന്ന് ഉപദേശിക്കുമ്പോൾ സദസ്മിന്ന് ബോധം ഒന്നാണ് ശ്രുതി എന്ന് പറയുന്നത് താപദേവചരം അതമ്പ സദസ്മി എന്നുള്ള ബോധമുണ്ടായ നമ്മുടെ ഭാഷകാരം വിശദീകരിക്കും പിന്നീട് കേവല ശരീരസ്ഥിതിയെ മാത്രം അപേക്ഷിച്ചാണ് മുക്തനാണോ അങ്ങനെ മോക്ഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു സദ്യവും മുക്തി അതിനെ കുറിച്ച് പറഞ്ഞിരിക്കും സോപ്യുപചാര അടച്ചുപോയി മോക്ഷത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ദുണമാണെങ്കിലോ അങ്ങനെ ഒരു മോക്ഷം ആത്മ ജ്ഞാനം കൊണ്ട് ഒന്നും മോക്ഷം ഉണ്ടാകത്തില്ല പ്രധാന ആത്മാസന്തസ്യ മോക്ഷ സമീപ്യം മർദ്ദീ മോക്ഷോ ഉപദേശിച്ചോ അഭ്യുപചരിതയുക മോക്ഷം അങ്ങനെ സംഭവിക്കും എന്തിൻ നിന്നുള്ള മോക്ഷം തത്വമസി ഒന്ന് ഉപദേശിക്കുന്നു കേൾക്കുന്നു മനസ്സിലാക്കുന്നു സമി ആ സത്ത് തന്നെയാണ് താമസം ഇതുകൊണ്ട് ഇങ്ങനെ മോക്ഷം സംഭവിക്കുന്നു പിന്നെ മോക്ഷം പോലെ ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം മോക്ഷ സാമീപ്യം മോക്ഷം ഇതല്ല മോക്ഷം വേണമെങ്കിൽ ഈ ശരീരം വിട്ടു പോകണം ബ്രഹ്മലോകത്തിൽ പോകണം അല്ലെങ്കിൽ വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ പോലെ ദീർഘകാല സമാധിയിലിരിക്കണം അങ്ങനെയൊക്കെയാണ് മോക്ഷത്തെക്കുറിച്ചുള്ള സങ്കല്പം അല്ലാതെ ആത്മജ്ഞാനം കൊണ്ട് മോക്ഷം അങ്ങനെ സംഭവിക്കും സംഭവിക്കത്തില്ല പിന്നെ മോക്ഷം പോലെ ഒരവസ്ഥ വരത്തുള്ളൂ യഥാ ലോക ഗ്രാമം ഗന്ധം പ്രസിദ്ധ പ്രാപ്തമാനഹം ഗ്രാമം ഇതിയാപേക്ഷയാ തദ് ഒരാള് വളരെ വേഗം ഗ്രാമത്തിലേക്ക് സഞ്ചരിക്കുകയാണ് കൂടെ ഒരാളുണ്ട് അയാൾക്ക് ഗ്രാമം ഏതോ എവിടെ എത്തുന്നെന്ന് അറിയത്തില്ല അവർ വളരെ വേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കൂടെ സഞ്ചരിക്കുന്ന ആള് ഗ്രാമത്തെക്കുറിച്ച് അറിയാവുന്ന ആളിനോട് ചോദിക്കുന്നു വഴികാട്ടിയോട് ഗ്രാമം എവിടെയാണ് എപ്പോൾ എത്തും ഏതാണ് ഗ്രാമം അയാള് പറയുന്നു ഇതാ ഗ്രാമം എത്തിപ്പോയി എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് എത്തിക്കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല എന്നാലും പറയുന്നു എത്തിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ തന്റെ താല്പര്യം നമ്മൾ അത്രയും വേഗത്തിലാണ് നടക്കുന്നത് നിമിഷങ്ങൾക്ക് അവിടെ എത്തിച്ചേരൂ എന്നാണ് അപ്പം ഗ്രാമത്തെ പ്രാപിക്കാത്തയാള് ഗ്രാമത്തിലേക്കുള്ള യാത്രാമധ്യത്തിന് ഗ്രാമത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എത്തിയില്ലെന്നാണ് എത്തും അതിനടുത്തെത്തിയെന്നേ ഉള്ള താല്പര്യം അതുപോലെ തത്തുമസിന്ന് ഉപദേശിക്കുന്നു അതിന്ന് സദസ്മി എന്ന് ബോധമുണ്ടായി അതുകൊണ്ടെന്താ മോക്ഷം മോക്ഷമുണ്ടാവുന്നില്ല പിന്നെ മോക്ഷം പോലെ ഒന്ന് സംഭവിക്കുന്നു എല്ലാ ഈ പരാതി ആത്മാവിനെ കുറിച്ച് വളരെ കാലം കേട്ടിട്ടും മോക്ഷം ഉണ്ടാവുന്നില്ല മോക്ഷത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളൊന്നും പൂർത്തീകരിക്കുന്നില്ല എന്നാ ഇതുപോലെ ആയിരിക്കും പൂർവക്ഷണെന്ന് പറയുന്നത് ഗ്രാമത്തിലെത്താതെ തന്നെ ഗ്രാമത്തിലെത്തിയെന്ന് പറയുന്നത് പോലെ ഒരവസ്ഥ അതെന്നെ ഇവിടെ സംഭവിക്കുക അല്ലാതെ മോക്ഷം സംഭവിക്കുമോ ഇത് കേട്ടുകഴിഞ്ഞ എന്നാ നിഷേധിക്കുന്ന സിദ്ധാന്തപരുന്നേന വിജ്ഞാതേന അവിജ്ഞാതം വിജ്ഞാതം ഭവതീത്യുപക്രമ ഇവിടെ തുടങ്ങിയത് എങ്ങനെയാണ് ഇതെന്തിനറിഞ്ഞാലാണോ അറിയാനൊന്നും ശേഷിക്കാത്തത് സദസ്മി എന്നറിഞ്ഞുകഴിഞ്ഞാൽ തത്മസ്യം ഉപദേശിക്കുന്നു സദസ്മി എന്നറിയുന്നു അങ്ങനെ അറിയുന്നവനും പിന്നെ താനാരാണ് എന്നുള്ള സംശയമില്ല ആ അജ്ഞാനമില്ല ഏന വിജ്ഞാതേന തന്റെ സ്വരൂപത്തെ അറിയുന്നതിലൂടെ അവിജ്ഞാതം വിജ്ഞാതം ബോധി അവിജ്ഞാതമായിരുന്നു താൻ തന്നെയാണ് തനിക്ക് അഭിജ്ഞാതമായത് തനി ലോകത്ത് പലതും അറിഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെല്ലാം തനിക്ക് താനജ്ഞനായിരിക്കുന്നു അത് ആ അജ്ഞാനം മാറണമെങ്കിൽ തന്നെ അറിഞ്ഞാലേ പറ്റും വിഷയങ്ങളെ അറിയുമ്പോൾ വിഷയങ്ങളെക്കുറിച്ചുള്ള അജ്ഞാനം മാറി തന്നെ അറിയുമ്പോൾ തന്നെ കുറിച്ചുള്ള അജ്ഞാനം മാറി അവിജ്ഞാതം വിജ്ഞാതം അവിജ്ഞാതമായിരിക്കുന്ന സേം താൻ വിജ്ഞാനെന്തുകൊണ്ട് പറയുന്നു തന്റെ അനുഭവ സദസ്മി നാം അതുകൊണ്ട് വിജ്ഞാതമായിരുന്നു പറയും ഇതുവരെ തന്നെ എങ്ങനെ അറിഞ്ഞിരുന്നു നാം രൂപാത്മകമായി അറിഞ്ഞിരുന്നു അസത്യമായി അറിഞ്ഞിരുന്നു നാമരൂപാത്മകമായ അറിവ് അസത്യമായ അറിവാണ് ഇതുവരെ നാം രൂപാത്മകമായി അറിഞ്ഞിരിക്കുന്നതാണ് എന്നറിയുന്നു അത് കൊണ്ട് പിന്നീട് തന്നെ സംബന്ധിച്ചറിയാൻ വിശേഷിക്കുന്നില്ല ലോകത്തെ കുറിച്ച് അറിഞ്ഞാൽ അത് പറയാൻ കഴിയില്ല കാരണം ലോകത്തെക്കുറിച്ചുള്ള അറിവ് അനന്തമാണ് ലോകത്തെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞുകഴിഞ്ഞാൽ ഏനവിജ്ഞാതേന അവിജ്ഞാതം വിജ്ഞാതം ഭഗവതി എന്ന് പറയാൻ പറ്റത്തില്ല വീണ്ടും അറിയാൻ ശേഷിക്കും അറിയും തോറും അറിയാൻ ബാക്കി വരും അത് ബുദ്ധിയുണ്ട് ലോകത്തെ പൂർണമായി അറിയാൻ പറ്റില്ല പക്ഷെ സദസ്മി എന്ന് പറയുന്നത് ഏകമാണ് അതുകൊണ്ട് ഏകമായ ജ്ഞാനത്തിൽ പിന്നെ ശേഷിക്കും അനന്തമായ ശേഷത്തിന് ശേഷിക്കും അനന്തതയുടെ പ്രത്യേകതയാണ് ഏകമായ ജ്ഞാനത്തിൽ പിന്നീട് നിശേഷിക്കുന്നുണ്ട് ഒരു ഏകരൂപമാണ് ബാഹ്യമായ ജ്ഞാനത്തിന് നാനാ രൂപമാണ് ശബ്ദസ്പർശ രൂപ രസങ്ങനെ നാനാ രൂപത്തിലാണ് ഇവിടെ ഏകരൂപത്തിലാണ് ഏകരൂപത്തിലുള്ള ജ്ഞാനത്തിൽ രണ്ടാമതൊന്നുമില്ലാത്ത കൊണ്ട് പിന്നെ നിശേഷിക്കുന്നുണ്ടാറില്ല നിശ്ചിന്തനാകുന്നു കൃതകൃത്യനാകുന്നു അതുകൊണ്ട് ആത്മോപദേശം തത്വമസിന്ന് പറയുന്ന ഉപദേശം അത് മോക്ഷം പോലെയുള്ള ഒരു സ്ഥിതി ഉണ്ടാവും മോക്ഷം തന്നെയാണ് സത്യേകസ്വൻ വിജ്ഞാതെ സർവവിജ്ഞാതം ഭൗതി തത് അനന്യത സർവസി അദ്വതീയവചന തന്നെ കുറിച്ച് അറിഞ്ഞു അങ്ങനെ അറിഞ്ഞാലും അവിജ്ഞാനം ഒന്നും ശേഷിക്കില്ല എന്ന് എങ്ങനെ എങ്ങനെ പറയാൻ കഴിയും പറഞ്ഞു ലോകത്തിൽ പിന്നീട് പലതും അറിയാനുണ്ടല്ലോ ലോകവിജ്ഞാനം അതെല്ലാം തന്നെ അറിഞ്ഞുകഴിഞ്ഞാൽ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ തന്നെ അറിയുന്നവർ ആത്മാവിനെ അറിയുന്നവർ ലോകവിഷയങ്ങളിൽ അജ്ഞരായിരിക്കുന്നതുകൊണ്ട് ആത്മാവിനെ അറിഞ്ഞു എന്ന് കരുതുന്നവർ ആത്മജ്ഞാനികളെന്ന് കരുതുന്നവർ നമുക്കറിയാം അവർ ആത്മജ്ഞാനികളായിട്ടും വീണ്ടും പലതും അറിയാൻ ശ്രമിക്കുന്നു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പഠിക്കാൻ ശ്രമിക്കുന്നു ലോകത്തെ അറിയാൻ ശ്രമിക്കുന്നു വിവിധ വിഷയങ്ങളിൽ അവർക്ക് വീണ്ടും ജിജ്ഞാസുണ്ടാവും അതിൻ്റെ അർത്ഥം എന്താണ് അജ്ഞാനം ഉണ്ടെന്നാണ് പഠിക്കാത്ത പുതിയത് കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആ വിഷയത്തിലുള്ള അജ്ഞാനം നീക്കുന്നു എന്നാണ് അപ്പം ഏകവിജ്ഞാനം കൊണ്ട് സദസ്മി എന്നുള്ള വിജ്ഞാനം കൊണ്ട് സർവവും വിജ്ഞാതമാകും എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും അങ്ങനെ ശരിയാകുമായിരുന്നെങ്കിൽ അങ്ങനെ ആത്മജ്ഞാനികളിൽ പരാപേക്ഷ കൂടാതെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ മറ്റു വിഷയങ്ങളെ ആശ്രയിക്കാതെ സർവജ്ഞാനവും പ്രകാശിക്കണം അങ്ങനെ കാണുന്നില്ല അവരെല്ലാം ബാഹ്യമായ നിമിത്തങ്ങളെ ആശ്രയിച്ചിട്ടാണ് അറിവിനുണ്ടാക്കുന്നത് ആത്മഞാനിടുന്നു ചോദിക്കും എന്താ നിന്റെ പേര് എന്താ ജോലി എവിടെ നിന്ന് വരുന്നു ഇതെല്ലാം ജ്ഞാനം കൊണ്ട് പ്രകാശിക്കുകയാണെങ്കിൽ ചോദിക്കേണ്ട കാര്യം വരുന്ന എന്നോടെന്നു പറയാം പേരിന്നതാണ് നിന്റെ ജോലി ഇന്നതാണ് നീ വന്നത് ഇന്നതാണ് നീ നീ പോകുന്ന നീ ജനിച്ചത് നീ മരിക്കുന്നത് ഇതാണ് സർവജ്ഞതാമുറയും സംഭവിച്ചു ഇന്ന് ഇന്ന് സംഭവിക്കുന്നു നാളെ ഇന്ന് സംഭവിക്കും നാളെ ലോകത്തിന് എന്നെ സംഭവിക്കൂ ഈ കാര്യങ്ങളെല്ലാം അവരും അന്വേഷിക്കുന്നു ചോദിച്ചറിയുന്നു മനസ്സിലാക്കുന്നു അപ്പോ ഏകസ്മിൻ വിജ്ഞാതെ സർവവിജ്ഞാതം ഭവതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും ഇത് ഇതിനെങ്ങനെ ആൾക്കാർ അങ്ങനെ സർവവിജ്ഞാനമാണോ അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറഞ്ഞല്ലോ അതങ്ങനെ ശരിയാകും സത്യഗ്രാതെ സർവവിജ്ഞാനം ഭവതി തദനന്യത്വ അവിടെ അത് ഉദ്ദേശിക്കുന്നു തഥവണ്ണം നമ്മളെ വീണ്ടും അത് വരുന്നു ഇവിടെ പറയുന്നത് സദസ്മി ഇതാണ് യഥാർത്ഥമായ ജ്ഞാനം ശരിയായ ജ്ഞാനം തത്ത് മസ്തി എന്ന് ബോധിപ്പിക്കുമ്പോൾ എന്ന് പറയുന്നതിനും കുറച്ചുകൂടി ലളിതമാണ് സദസ്മി രണ്ടിനെയും താല്പര്യം ഒന്നും ഉണ്ട് ബ്രഹ്മമുണ്ട് ബ്രഹ്മമൊന്നും കേട്ടാൽ തന്നെ നമുക്ക് ഭയം വരും സദസ്മി എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യ സദസ്മി എന്നുള്ള ബോധം കൊണ്ട് എങ്ങനെ സർവവിജ്ഞാനമുണ്ടാവും തത് അനന്യത്വ അത് അനന്യമായതുകൊണ്ട് അങ്ങനെയാണ് സർവവിജ്ഞാനം വരുന്നത് എല്ലാം സ്വത്ത് തന്നെ അജ്ഞനും ജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ജഗത്ത് മിഥ്യ അതങ്ങനെ അജ്ഞന് ജഗത്ത് മിഥ്യ എന്ന് പറഞ്ഞു അജ്ഞൻ കാണുന്നതെന്താണ് നാമരൂപാത്മകമാണ് ഇതാണ് നാമരൂപോ അവനെ സംബന്ധിച്ചിടത്തോളം ഈ നാമരൂപാത്മകമായ ഈ പ്രപഞ്ച സത്താണെന്ന് അറിയില്ല സത്താണെന്നറിഞ്ഞില്ലെങ്കിൽ സത്താണെന്നുള്ള അനുഭവം ഇല്ലെങ്കിൽ അവന്റെ അനുഭവം മിഥ്യ ിത്യെന്ന് പറയും ജ്ഞാനിയാണെങ്കിലോ സദസ്മി തത്തമസി ഉപദേശം കൊണ്ട് അവൻ ധരിക്കുന്ന സദസ്മി അവനതെല്ലാം തത് അനന്യം ഇവിടെ എന്തെല്ലാം നാമരൂപങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ അതെല്ലാം തത് അനന്യം അതിനോട് അനന്യമാണ് അതിലൊന്ന് വേർതിരിക്കാൻ വയ്യ തത് അനന്യത്വ അനന്യബോധം അതുകൊണ്ടാണ് പറഞ്ഞത് ഏന വിജ്ഞാതേന അവിജ്ഞാതം വിജ്ഞാതം ഏകസ്വൻ വിജ്ഞാതേ സർവം വിജ്ഞാതം സർവത്തെയും അനന്യമായി അറിയുന്നു സർവത്തെയും സത്തായി അറിയുന്നു അതുകൊണ്ടാണ് ഞാനിക്ക് മിഥ്യയില്ലെന്ന് പറഞ്ഞു അനന്യമായി അറിയുന്നു മിഥ്യുണ്ട് സത്യമുള്ളതുപോലെ തന്നെ മിഥ്യുണ്ട് പക്ഷെ തത്വജ്ഞനെ സംബന്ധിച്ച് അതില്ല ണോ നാമരൂപങ്ങളെ നാമരൂപങ്ങളായി കാണുന്നത് സത്തായി കാണാത്തത് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അനുഭവം മിഥ്യയാണ് അതുകൊണ്ട് അവന് സത്യബോധമില്ല മറിച്ചാണെങ്കിലോ തത് അനന്യത്വ അനന്യത്വജ്ഞാനമാണ് സർവസ്യ അദ്വീവചന ശാശ്രീ എന്ന് പറയുന്നു ഏകമേവ അദ്വിതീയം ഇതെല്ലാം കൊണ്ട് ഇത് മോക്ഷം ഉപചരിതമല്ല ലോണമല്ല അത് പരമാർത്ഥമാണ് അവന് അവനെല്ലാം അജ്ഞാനസംശയ വിപര്യങ്ങൾ ഇല്ലാതാകുന്നു അവനതിൽ നിന്ന് മോചിക്കുന്നു അതിനെ തുടർന്ന് സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു അവൻ്റെ സുഖദുഃഖങ്ങളിൽ നിന്ന് അവൻ മോചിപ്പിക്കുന്നു മോചിക്കുന്നു എന്നാൽ അന്യ വിജ്ഞാതവ്യം അവശിഷ്ടം ശ്രാവിതം വിശ്രുത്യ അനുമേയമ്മ ലിംഗ അസ്ഥി ഏനമോക്ഷോപദേശുപരിത മോക്ഷം ഒരിക്കലും ദൂണമായൊരു കാര്യമില്ല മുഖ്യം തന്നെ എന്തുകൊണ്ട് സദസ്മി എന്നുള്ള അനുഭവമുള്ളവരവനെ സംബന്ധിച്ച് അതിൽ നിന്ന് അന്യമായി അവൻ അറിയേണ്ടതായിട്ടൊന്നുമില്ല അതിൽ നിന്ന് അപ്പുറം എന്തെങ്കിലുമൊന്ന് ബോധിക്കണം എന്ന് ശ്രുതി ബോധിപ്പിക്കുന്നു ജ്ഞാനുമാനത്തിലൂടെയും അറിയാനൊക്കത്തില്ല അങ്ങനെ രണ്ടാമതൊന്ന് ഇനി മറ്റെന്തെങ്കിലുമൊന്ന് ശേഷിക്കുന്നു അതറിയണം ഇനി മറ്റൊരാത്മാവുണ്ട് അങ്ങനെയില്ല എന്നുവച്ചാ ഇനി വിജ്ഞാതവ്യം വിജ്ഞാതവ്യമായി മറ്റൊന്നില്ല എന്താണ് വിജ്ഞാതവ്യമായിരുന്നത് അത് അറിഞ്ഞു കഴിഞ്ഞു സദസ്മി എന്നറിയുന്നു അവശിഷ്ടം വിശേഷിക്കുന്നില്ല അങ്ങനെ ഒന്നു ശ്രാവിതം ശ്രുതി അശ്രുതി അങ്ങനെ നീ ആത്മാവിനെ അറിഞ്ഞ് ഇനി ഒന്നുകൂടി അറിയുക അങ്ങനെ ശ്രദ്ധിച്ച് ബോധിപ്പിക്കുന്നു അന്മേയമ്പ ലിംഗത്തോ ഊഹിക്കാൻ സാധ്യല്ല അനുമാനിക്കാൻ സാധിക്കില്ല എന്തെങ്കിലും ലിംഗങ്ങളിലൂടെ ഹേതുക്കളിലൂടെ ഇനി ഒന്ന് അറിയേണ്ടതുണ്ട് ലൗകികമായ അങ്ങനെയാണ് സ്ഥൂലമായ വസ്തുക്കളെ കാണുമ്പോൾ നമ്മൾ അനുമാനിക്കുന്നു ഈ സ്ഥൂലത്തിന് കാരണമായൊരു സൂക്ഷ്മമുണ്ട് കൊണ്ട് സൂക്ഷ്മത്തെ അറിയണം സ്ഥൂലമായ വിപഞ്ചഭൂതങ്ങൾക്ക് കാരണമായി സൂക്ഷ്മമായ പെരമാണുകളുണ്ട് അപ്പോൾ അതിനെ അറിയണം ഇത്തരത്തിലാണോ ഭൗതികമായ അറിവല്ല ആദ്യം അനുമാനിക്കുന്നു പിന്നെ പ്രത്യക്ഷമാക്കുന്നു ഇവിടെ അതുമില്ല ശ്രുതി ബോധിപ്പിച്ചത് അതിനോട് അനന്യമായിട്ടാണ് അതുകൊണ്ടാണ് നിശേഷിക്കാത്തത് എന്തെല്ലാം ഉണ്ടോ മച്ചാരംഭണം വികാരവും നാമധേയം മൃത്തികെ തീവ്രസത്വം സർവവും അതിനോട് അനന്യമായി ബോധിപ്പിച്ചു സർവത്തെ അനന്യമായി ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ പിന്നീട് ഒന്നാവശ്യം മോക്ഷോപദേശം ഉപചരിത മോക്ഷോപദേശം അങ്ങനെയൊക്കെ കരുതുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ശേഷിച്ചാൽ മോക്ഷോപദേശത്തെയും ഗുണമെന്ന് പറയാം അങ്ങനെയൊന്നും അല്ല സർവ്വദർശിച്ച ഇത്ര പാഠകാർത്ഥസ് ഉപചരിതത്വ കല്പനായ വൃധാശ്രമ പരികല്പയു സ്യാ ഇനി ഇതെല്ലാം ഇവിടെ തത്വജ്ഞാനം പറഞ്ഞത് ഗുണമാണ് മോക്ഷം പറഞ്ഞത് ഗുണമാണ് ഇതൊന്നും എല്ലാം മുഖ്യമെന്ന് പറയുകയാണെങ്കിൽ ഇതെല്ലാം ഉപചരിതമാണോ ഇതൊന്നും മുഖ്യമായ കാര്യങ്ങളല്ല എന്ന് വന്നുകഴിഞ്ഞാൽ ഇവിടെ ഈ ഉപചരിതത്വം ഇങ്ങനെ പറയുന്നത് പൂർവ്വമീമാംസയുടെ ചുവട് പിടിച്ചിട്ടാണ് പൂർവ്വമീമാംസയില് കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ പലയിടത്തും ഈ ഉപചരിതത്വം വരും അത് മുഖ്യമായി പറഞ്ഞതല്ല അത് ഉപചാരമായി പറഞ്ഞതാണെന്ന് പറയും അതേ രീതിയിൽ ഉത്തരമീമാംസയും വ്യാഖ്യാനിക്കുകയാണ് അവിടെ അങ്ങനെ ഉപചാരങ്ങൾ ധാരാളമുണ്ട് കർമ്മസംബന്ധിയായിട്ടുണ്ട് അതിലിവിടെ അദ്വൈതജ്ഞാനത്തെ ബോധിപ്പിക്കുകയാണ് ഇവിടെ അങ്ങനെയുള്ള ഉപചാരങ്ങളൊന്നുമില്ല അതാണ് നേരിട്ട് ബോധിപ്പിക്കുന്നു ഇതാണ് അദ്വൈതത്തിന്റെ സവിശേഷതയാണ് മറ്റുള്ളിടത്ത് എങ്ങനെയല്ല അത് വളഞ്ഞ് തിരിഞ്ഞൊക്കെ ബോധിപ്പിക്കും കാര്യങ്ങളെ നേരിട്ട് പറയത്തില്ല നിഗൂഢമായി ബോധിപ്പിക്കും അദ്വൈതം നിഗൂഢവിദ്യയല്ല യോഗശാസ്ത്രങ്ങളെ പോലെയുള്ളതാണ് നിഗൂഢവിദ്യ എന്ന് പറയുന്നത് ഇതിൽ നിഗൂഢതയില്ല എന്തുകൊണ്ട് ഇത് നേരിട്ട് ബോധിപ്പിക്കുന്നു ഇവിടെ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ട് നാളെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അങ്ങനെ പറയാനൊന്നുമില്ല ഇനി നിങ്ങൾ ഇന്ന വഴിക്ക് പോയി കഴിഞ്ഞാൽ നാളെ ഇന്ന സ്ഥലത്ത് എത്തിച്ചേരും എന്ന് പറയാനുമില്ല ശ്രുതി നേരിട്ട് ബോധിപ്പിക്കുന്നു എന്താണോ പരമാർത്ഥം അതിനെ അതേ രീതിയിൽ തന്നെ ബോധിപ്പിക്കുന്നു ഒരു പക്ഷെ കേൾക്കുന്നവന് ബോധിച്ചില്ലായിരിക്കാം പക്ഷെ അത് ഉപദേശത്തിന്റെ തകരാറില്ല എന്തെങ്കിലും ഒരു ദുരൂഹത അവശേഷിപ്പിച്ചിട്ട് പറയുന്നില്ല അത് സാക്ഷാത് ബോധിപ്പിക്കുകയാണ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ ബ്രഹ്മത്തെക്കുറിച്ച് സാക്ഷാതായിട്ട് ബോധിപ്പിക്കാൻ പറ്റൂ ഒളഞ്ഞ് തിരിഞ്ഞൊന്നും ബോധിപ്പിക്കാൻ പറ്റത്തില്ല അതതിന്റെ സ്വഭാവമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കൽപ്പനകളിലേക്ക് പോവുകയാണെങ്കിൽ വൃധാശ്രമ പരികൽപ്പ ചെയ്തു വെറും വൃദ്ധാശ്രമങ്ങളായി മാറും എന്തെങ്കിലും പിറകെ പോയി കഴിഞ്ഞാൽ അത്ഭുതങ്ങളുടെ ഒക്കെ പിറകെ പോയി കഴിഞ്ഞാൽ വൃധാശ്രമ പരികൽപ്പ എന്തുകൊണ്ട് പുരുഷാർത്ഥ സാധന വിജ്ഞാനസ്യ തർക്കണീയവ അധിക തത്വസ്യ വേറെ ഒന്നും താർക്കിക ബുദ്ധി ഉപയോഗിക്കണമോ അതാണിതിനെ തടസ്സമായിരിക്കുന്നത് ശ്രുതി നേരിട്ട് ബോധിപ്പിക്കുന്നു നമ്മളതിനെ നേരിട്ട് തത്വത്തെ ബോധിപ്പിക്കുന്നു കേൾക്കുന്നവനെന്താ ചെയ്യുന്നത് എങ്ങനെ ഈ തത്വം സി ആകാതിരിക്കാമെന്നാണ് ചിന്തിക്കുന്നത് നമ്മൾ ഓരോ ചോദ്യം ചോദിക്കുക അതെങ്ങനെ ശരിയാകും അതെങ്ങനെ സാധ്യമാകും ഇതാണ് തർക്കമെന്ന് പറയുന്നത് എങ്ങനെയാണോ എന്ന ഗ്രഹിക്കേണ്ടത് എൻ്റെ വിപരീതമായി നമ്മുടെ തർക്കത്തിലൂടെ യുക്തിയിലൂടെ അത് യുക്തിയും വിപരീത യുക്തിയാണ് ശ്രുതിമതർക്കനുസന്ധിയത ചിന്തിച്ചാലും ശ്രുതി മതം തർക്കം ശ്രുതി സിദ്ധാന്തത്തിന് അനുകൂലമായ തർക്കമാണ് സ്വീകരിക്കേണ്ടത് നമ്മളങ്ങനെയല്ല അതെങ്ങനെ സംഭവിക്കും പ്രതികൂലമായി ചിന്തിക്കുന്നു പ്രതികൂലമായി ചിന്തിക്കുന്നത് നമ്മുടെ യുക്തി സാമർഥ്യമെന്നോ ബുദ്ധിവിശേഷമൊന്നോ സ്വയം കരുതുകയും ചെയ്തു പ്രയോജനമില്ല ആ പുരുഷാർത്ഥ സാധന വിജ്ഞാനസ്യ തർക്കേണയോ അധിക തത്വ സസ്യ കാര്യമില്ല അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കാം എങ്ങനെ ഇത് ആകാം അതെങ്ങനെ സംഭവിക്കാം ഇത്രയുന്ന മോക്ഷോപദേശം അതെങ്ങനെ സാധ്യമാകും എന്ന് അതിനനുകൂലമായി ശ്രുതിമത തർക്കം അത് വരുന്നില്ല ഇത് വിവരീതർക്കത്തെക്കുറിച്ച് പറയുക അതിലെന്തെല്ലാം ദോഷങ്ങൾ കണ്ടുപിടിക്കാം എങ്ങനെ അതങ്ങനെ അല്ലാതായിത്തീരാം അത് വിധം എങ്ങനെ ഈ ദുരതി ചിന്തിച്ചു പോയാൽ സാറിന് അങ്ങനെയാണ് ചിന്തിക്കുന്നത് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അനധികമായ അർത്ഥത്തെയാണ് വേദം പ്രകാശിപ്പിക്കുന്നത് മറ്റൊന്നുകൊണ്ടും അറിയാൻ അയ്യാത്ത കാര്യം അറിഞ്ഞാൽ ഒരിക്കലും ബാധിക്കപ്പെടാത്തത് അതങ്ങനല്ല എന്ന് മറിച്ച് സംഭവിക്കാത്ത അങ്ങനെയുള്ള യഥാർത്ഥമായ ജ്ഞാനത്തെയാണ് വേദം ബോധിപ്പിക്കുന്നത് അതിനെ നിങ്ങൾ പ്രാമാണികമായി സ്വീകരിക്കുന്നുണ്ടോ അത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ശ്രുതാർത്ഥ പരിത്യാഗ്രഹ എന്താണോ ഇവിടെ നേരിട്ട് ബോധിപ്പിച്ചത് അതിനെ ഉപേക്ഷിച്ചിട്ട് വളഞ്ഞ വഴിക്ക് പോകരുത് ഇത് സന്മാർഗമാണ് സദ്ധർമ്മമാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് അതുകൊണ്ട് ഇതിനെ വിട്ടുകളയരുത് അത് ചേതന കാരണം ജഗതൈദ്യസിദ്ധം അതുകൊണ്ട് മറ്റ് സ്മൃതികളുടെ പുറകെ പോകരുത് ജഗത്തിന് കാരണം ചേതന തന്നെയാണ് പ്രധാനമല്ല പ്രകൃതിയല്ല ഈ ജഗത്തിന് കാരണമായിരിക്കുന്നത് സിദ്ധമായി ഇതുവരെ സമർപ്പിച്ചത് സദസ്മി എന്നുള്ളതാണ് ശരിയായ ജ്ഞാനം എന്നുള്ള കാര്യം ആ സദസ്മി എന്നുള്ള ജ്ഞാനം അതാണ് മുക്തിക്ക് ഹേതുവായിരിക്കുന്നത് അതിനു ഗുണമാകാനോ അപ്രധാനമാകാനോ തർക്കത്തിലൂടെ ശ്രമിക്കരുത് യുക്തിയിലൂടെ ശ്രമിക്കരുത് കാരണം ഇത് ശ്രുതി ബോധിപ്പിക്കുന്നതാണ് ശ്രുതി എന്ന് പറയുമ്പോൾ ഋഷി ബോധിപ്പിക്കുന്നതാണ് ഋഷി സത്യത്തെ ഗ്രഹിച്ചിട്ട് ബോധിപ്പിക്കുന്നതാണ് അതുകൊണ്ട് സത്യത്തെ ഗ്രഹിക്കാൻ താല്പര്യമുള്ളവൻ അതിനെ ശ്രുതി ബോധിപ്പിച്ച രീതിയിൽ തന്നെ ഈശ്വരെ ഭാഷകാരൻ കൂടുതലായി ആശ്രയിക്കുന്നതും തർക്കത്തിലൂടെ ഇത് യുക്തിയിലൂടെ ഇത് സമർത്ഥിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലോ പക്ഷെ യുക്തിയിലൂടെ ഇത് സമർത്ഥിക്കാൻ പോയാൽ ഇങ്ങനെ അനന്തമായി പോകും അല്ല യുക്തിബുദ്ധിയെ ആശ്രയിച്ചാണ് ബുദ്ധിയിൽ താരതമ്യമുണ്ട് ബുദ്ധിയുള്ളവൻ ബുദ്ധിയില്ലാത്തവനൊക്കെ ഉഴ്പ്പെടുത്തും അങ്ങനെ വീണ്ടും ബുദ്ധികളൊന്നും വീഴ്പ്പെടുത്തി അവസാനമില്ലാത്തത് തർക്കത്തിലുള്ള ഒരു തത്വത്തെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല അതിനുവേണ്ടി എന്ത് ചെയ്തു ഇതിനെ സാക്ഷാത്കരിച്ച മഹാത്മാക്കളുടെ വാക്യത്തെ പ്രമാണമായി സ്വീകരിക്കുക സത്യദർശികൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയും അവിടെ യുക്തി അവിടെ നിർത്തേണ്ടി വരും ശ്രദ്ധയുള്ളവരെ സംബന്ധിച്ച് വിശേഷിക്കും സത്യദർശികളുടെ വാക്കൽ അതാണ് ശ്രദ്ധിച്ചത് അതിൽ അതിനെ പ്രമാണമായി സ്വീകരിക്കും കാരണം ഈ ഒരു വിഷയം ശ്രദ്ധാലുക്കൾക്ക് വേണ്ടിയുള്ളതാണ് ശ്രദ്ധയില്ലാത്തവനത് ശ്രദ്ധിക്കത്തില്ല ശ്രദ്ധയുള്ളവന് മാത്രമേ ഇതിനെ പിന്തുടരാൻ പറ്റൂ ആധ്യാത്മികമായ ജിജ്ഞാസുള്ളവർ പോലും ഇതിന് ശ്രദ്ധയില്ലെങ്കിൽ അവരത് ഉപേക്ഷിക്കും ശ്രദ്ധാലുക്കളെ സംബന്ധിച്ചിടത്തോളം അവരോട് പറയുകയാണ് ഇത് വേദപ്രാമാണ്യമാണ് കൃഷിയുടെ വാക്കിനു പ്രമാണമാണ് എന്ന് പറയുമ്പം അവരുടെ ശ്രദ്ധ കൊണ്ട് അവർ തർക്കത്തെ ഒഴിവാക്കും അങ്ങനെ തർക്കത്തെ ഒഴിവാക്കാൻ പറയുന്ന തത്വത്തെ യഥാവതിഗ്രഹിക്കാൻ അതിന് വേണ്ടിയിട്ടാണ് വേദപ്രാമാണത്തിന് ഈ പ്രാധാന്യം കൊടുക്കുന്നത് സദീവ് സമഗ്ര സത്തായിരുന്നു അതിൽ നിന്ന് സൃഷ്ടി സംഭവിച്ചു എന്ന് സൃഷ്ടിയെക്കുറിച്ച് വിശദീകരിക്കും സൃഷ്ടിയിലും സൃഷ്ടിയിൽ നിന്നും മനസ്സിലാക്കേണ്ടതാണ് പച്ചാരംഭണം വിതാരോ നാമധേയം മൃതികേവ സത്യം ഈ തത്വമാണ് സൃഷ്ടിയിലും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് സൃഷ്ടിയിൽ നിന്നും അത് മനസ്സിലാക്കാൻ വേണ്ടി അടുത്ത് വിശദീകരിക്കുന്നു അടുത്ത മന്ത്രത്തിൽ വരും ഖൽവേഷ്യാം ഭൂതം ജീവജം ജീവാഷ്ഠാന ഭക്ഷ്യാധീന പ്രത്യക്ഷ നിർദ്ദേശ നൂ തേജപ്രഭൃതീനാം ത്രിഭുത്കരണ ഭക്ഷ്യമാണ് തേജസ് തുടങ്ങിയതിനെ സൃഷ്ടിച്ചു എന്നാ പറഞ്ഞത് അത് പറഞ്ഞിട്ട് പെട്ടെന്നിവിടെ തേശാംഗൽ ഏഷാം ഭൂതാനാം എന്ന് പറയുന്നു ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത് ജീവാവിഷ്ഠാനം യേഷാം പക്ഷ്യാധീനാം ഭൂതാനം ഇവിടെ പക്ഷി മൃഗാദികളെയാണ് ഭൂതാനാം എന്ന് പറഞ്ഞിരിക്കുന്നു പറഞ്ഞോ തേജ് അപ്പ് അന്നം അഥവയല്ല രണ്ടിനുമുള്ള വ്യത്യാസം എന്താണ് തേജ് അപ്പ് അന്നം ഇവയിൽ പോഞ്ഞു എന്താണ് ഹിംസയെ പ്രതിഷേധിച്ചിട്ടില്ല ത്രാസാദികൾ അവിടെ കാണുന്നില്ല എന്തുകൊണ്ട് അവിടെ ജീവാവേശം ഇതുപോലെ സംഭവിച്ചിട്ടില്ല അനുപ്രാവശ്യം എന്നും പറഞ്ഞാൽ അതാണ് ജീവാവേശം ആ തത്വം തന്നെ ആ സത്ത് തന്നെ ജീവ രൂപത്തിൽ ഇതിൽ പ്രവേശിച്ചില്ല അത് സാക്ഷാത് ആയിട്ട് പ്രത്യക്ഷമായിട്ട് പഞ്ചഭൂതങ്ങളിൽ കാണുന്നില്ല മറിച്ച് ഇവിടെ കാണാം എന്ന് പറഞ്ഞാൽ പക്ഷ്യാധി നമ്പൂതാണ് പക്ഷ്യാധികളെ കുറിച്ച് പറയുന്നു അതിൽ ജീവാവേശമുണ്ട് അതിന് ഹിംസയെ നിഷേധിച്ചിട്ടുണ്ട് അതിൽ ഭയത്രാസാദി വികാരങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് ജീവാവേശമുണ്ട് മറ്റുള്ളവരിലേ ഉണ്ട് അത് സൂക്ഷ്മമാണെന്നേ പക്ഷെ സൂക്ഷ്മം പ്രത്യക്ഷമാണ് ഇവിടെ ഈ പറയുന്നതെല്ലാം ജീവന് പ്രത്യക്ഷമായിരിക്കുന്നതെന്ന് സ്വീകരിച്ചുകൊണ്ടാണ് കാരണം തത്വം ഉപദേശിക്കുന്നത് ജീവനാണ് തത്വശ്രവണം ജീവനെ സംബന്ധിച്ച് പ്രത്യക്ഷമാണ് അതിൻ്റെ ഫലം അത് ജീവന് പ്രത്യക്ഷമാണ് അത് പ്രത്യക്ഷമാക്കാൻ കഴിവുള്ള ജീവന്മാരെ കുറിച്ച് പറയുന്നു മറ്റുള്ളവരങ്ങനെയാണ് തേജോ എന്നെ അറിയ അവയുടെ തത്വോപദേശമില്ല അവക്കിതൊന്നും പ്രത്യക്ഷമല്ല യേഷാം ഇത് പ്രത്യക്ഷ നിർദ്ദേശ നേരിട്ട് നിർദ്ദേശിച്ചു എന്നാ തേജപ്രകൃതി നമ്മുടെ ഭൂതങ്ങളെന്ന് പറയുന്നത് തേജസ്സും മറ്റുമല്ല തേശാം ത്രിവൃദ്കർണസ്യപക്ഷ്യമാണ് അവി എന്താ ചെയ്തതെന്ന് തന്നെ പറയുന്നു ത്രിവൃത്കരണം പഞ്ചീകരണം അതെല്ലാം പറയുന്നുണ്ട് അസതിരുവുത്കരണയും പ്രത്യക്ഷം നിർദ്ദേശാനും കത്തി ത്രിവുൽക്കരണം എന്തുകൊണ്ട് ആ സൃഷ്ടിയിൽ അതിസൂക്ഷ്മമായി തന്മാത്രാരൂപത്തിൽ ഈ തേജസ്സും മറ്റും ഉണ്ടായി അത് പ്രത്യക്ഷ ആ സമയത്തതിനെ പ്രത്യക്ഷപ്പെടുത്താൻ ജീവന്മാരുണ്ട് അതിൽ ത്രിവുൽക്കരണം സംഭവിക്കുന്നു പഞ്ചീകരണം പോലെ മൂന്നെണ്ണം ഉള്ളതുകൊണ്ട് ത്രിപുത്കരണമെന്ന് പറയുന്നു അഞ്ചെണ്ണത്തിനെ കുറിച്ച് പറയുമ്പോൾ പഞ്ചീകരണം എന്ന് പറയുന്നു എന്നുവെച്ചാൽ കൂടിക്കലർ ഇതെണ്ണം പരസ്പരം കൂടിച്ചേരുന്നു പ്രത്യക്ഷം ആകുന്നു അവ അത് പ്രത്യക്ഷമാകുമ്പോൾ ആണ് ജീവൻ അതിനെ ശരീരമായി സ്വീകരിക്കുന്നത് അത് പ്രത്യക്ഷം ആകുന്നതുവരെ അതിന് ശരീരമായി സ്വീകരിക്കുന്നില്ല പ്രത്യക്ഷമാകുമ്പോൾ ജീവൻ അതിനെ സ്വന്തമാകുന്നു അങ്ങനെ സ്വന്തമാക്കുന്നതാണ് ഈ പക്ഷ്യാധികൾ ദേവതാശബ്ദ പ്രയോഗാസാജ പ്രതിഷു മാസ്രോ ദേവത ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഭൂതങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ദേവതാശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു ജീവഭാവം അല്ല എന്നർത്ഥമാണ് ഇവിടെ ചൈതന്യമുണ്ട് അത് അധിഷ്ഠാന ചൈതന്യമാണ് അധിഷ്ഠാന ദേവതാരൂപത്തിലിരിക്കുന്ന ചൈതന്യം ജീവരൂപത്തിലല്ലാന്ന് അർത്ഥം തസ്മൃദ്ധേഷം പൊതുവായ കാര്യകാരണങ്ങളെ കുറിച്ച് പറയുന്നു പക്ഷി പശ്വസ്ഥാപരാധികൾക്ക് മൂന്ന് കാരണങ്ങളാണുള്ളത് കാനിത്താനി പീച്ചെ എന്തൊക്കെയാണ് അണ്ടജം അണ്ടാജാതം അണ്ടജം അണ്ടജമേവ അണ്ടജം അണ്ടജമെന്നും അണ്ടജമൊന്നും പറയും പക്ഷി ആദികൾ അണ്ടത്തിൽ നിന്നുണ്ടാകുന്നു മുട്ടയിൽ നിന്നുണ്ടാകുന്നു പക്ഷി സർപ്പാദ് പക്ഷി സർപ്പാദിയോ ജായമാനാദൃശ്യ നമ്മൾ കാണുന്നുണ്ടല്ലോ പക്ഷിയിൽ നിന്ന് പക്ഷി ഉണ്ടാകുന്നു സർപ്പത്തിൽ നിന്ന് സർപ്പമുണ്ടാകുന്നു അല്ല അണ്ടജമാണ് തേന പക്ഷി പക്ഷി നാം ബീജം സർപ്പ സർപ്പണം അതുകൊണ്ട് അവിടെയെല്ലാം എന്താണോ അതാത് കാരണങ്ങളെ സ്വീകരിക്കണം പക്ഷിക്ക് കാരണം പക്ഷി സർപ്പത്തിന് കാരണം സർപ്പം എന്നിങ്ങനെ സ്വീകരിക്കണം അണ്ടാജാതം ബീജം അതുപോലെ എല്ലാ അണ്ടജങ്ങളെയും മനസ്സിലാക്കും അതാത് കാരണങ്ങളിൽ നിന്ന് അതാത് കാരണ കാര്യമുണ്ടാകുന്നു അതുകൊണ്ട് അണ്ടജങ്ങൾ എന്ന് പറയുന്നത് ജീവന്മാരിൽ ഒരു വിഭാഗം അണ്ടാബ്ജാതം അണ്ടജം ഉച്ചതേ അതോ അണ്ടമേ കഥം അണ്ടജം ബീജം ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു ബീജം അണ്ടജം അണ്ടത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് പക്ഷിയിൽ നിന്ന് അണ്ടമുണ്ടായി അണ്ടത്തിൽ നിന്ന് വീണ്ടും പക്ഷി ഉണ്ടായി പണ്ടജം എന്ന് പറയുന്ന ഏതാണ് പക്ഷിയാണ് അപ്പോ അവിടെ എന്താണ് ബീജമായിരിക്കുന്നത് പക്ഷിയാണോ അണ്ടമാണോ പറയുന്നത് യുക്തിപരമായി ചിന്തിച്ചാൽ അണ്ടമാണ് ബീജം പക്ഷിയല്ല അണ്ടമേ ബീജമിന്റെ യുക്തം കഥ മണ്ടജം ബീജം മണ്ടജത്തെ എങ്ങനെ ബീജം എന്ന് പറഞ്ഞു ത്രിണി ബീജാനി മൂന്ന് ബീജങ്ങളെന്ന് പറഞ്ഞപ്പോൾ അണ്ടജത്തെ അണ്ടജം എന്ന് പറഞ്ഞാൽ അണ്ടത്തിൽ നിന്നും ഉണ്ടായത് പക്ഷി പക്ഷിക്ക് കാരണമായത് അണ്ടം അപ്പൊ ഇവിടെ എന്താണ് ബീജം അണ്ടമല്ലേ പക്ഷിയല്ലല്ലോ പക്ഷെ അണ്ടജം എന്ന് ബീജത്തെ ഏതുകൊണ്ട് പറഞ്ഞു സത്യങ്ങന്ത്രീ സ്യ പറയുന്നു ശ്രുതിയെ സംബന്ധിച്ച് ഭക്ഷ്യക്കാരുടെ ഒരു നിലപാട് കാണും ശ്രുതി ഒരിക്കലും ത്വതിച്ഛാതന്ത്ര അതൊരിക്കലും നിന്റെ ഇച്ഛാതന്ത്രം ഇച്ഛയ്ക്ക് അധീനമല്ല ആഗ്രഹിക്കുന്നത് പോലെ ശ്രുതിയെ ശ്രുതിയെ വളക്കുകയും തിരിക്കുകയും ഓടിക്കുകയും ഒന്നും ചെയ്യരുത് ആഗ്രഹിക്കുന്നതല്ല ശ്രുതിയിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കരുത് ഇച്ഛാതന്ത്ര ശ്രുതി ശ്രുതിയെ വ്യാഖ്യാനിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ശ്രുതിയിലുണ്ടെന്ന് പറയും അതാണോ ഇച്ഛാതന്ത്രാന്ന് പറയും ഞാൻ ആഗ്രഹിക്കുന്നെന്താണോ ഞാനെന്താണോ പഠിച്ചത് ഞാനെന്താണോ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ശ്രുതിയിൽ വേണം അവിടെ ശ്രുതി അതിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു എൻ്റെ ഇച്ഛയ്ക്ക് അധീനമാക്കുന്നു ഞാനിപ്പോൾ ഭൗതികശാസ്ത്രമാണ് പഠിക്കുന്നു എന്റെ അറിവ് ഞാൻ ശ്രുതിയിൽ നിന്നല്ല പഠിച്ചത് പക്ഷേ ശ്രുതിയുടെ എനിക്കൊരു പ്രതിബദ്ധതയുണ്ട് ഒരു കടമയുണ്ട് ശ്രുതി എനിക്ക് തോന്നുന്നു ശ്രുതി എൻ്റെതാണ് അല്ലെങ്കിൽ ശ്രുതിയുടെ പാരമ്പര്യത്തിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത് ശ്രുതി ഉണ്ടായ ദേശത്താണ് ഞാൻ ജനിച്ചത് ശ്രുതിയെ സ്വീകരിച്ച ഒരു സമൂഹത്തിൻ്റെ പിന്തുടർച്ചയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എനിക്ക് ശ്രുതിയുടെ ഒരു പ്രതിബദ്ധത ശ്രുതിയുടെ ഒരു കടപ്പാട് വരുന്നു ശ്രുതിയെക്കുറിച്ച് പറയുന്നത് എന്താണ് വേദം സർവവിജ്ഞാനം എന്നറിഞ്ഞാണ് അങ്ങനെയാണെങ്കിലും ഞാനെന്നറിയുന്ന വിജ്ഞാനം അത് ശ്രുതിയിലുണ്ടായിരിക്കണമെന്നു പക്ഷെ നോക്കുമ്പോൾ അത് കാണുന്നില്ല പ്രത്യക്ഷമായിട്ട് കാണുന്നില്ല എൻ്റെ ഭൗതികമായ അറിവുകളൊന്നും ശ്രുതിയിൽ ഇല്ല ുന്നു ഞാൻ ശ്രുതിയെ വ്യാഖ്യാനിക്കുന്നു എന്റെ അറിവിനുസരിച്ച് അവിടെയാണ് ശ്രുതി ഇച്ഛാതന്ത്രമാകുന്നത് എന്റെ ഇച്ഛയ്ക്ക് അധീനമായി പോകുന്നു ശ്രുതിയെ ഒന്നും പറയാനോ പഠിപ്പിക്കാനോന്നും ഉദ്ദേശിച്ചതല്ല പക്ഷെ എനിക്കതൊരാവശ്യമായിരുന്നു അതിപ്പോ ഞാൻ അതിനെ സമ്മർദ്ദിക്കുന്നു ഇതെന്നെ ശ്രുതി പറഞ്ഞിരിക്കുകയാണ് തൻ്റെ ഇച്ഛയ്ക്ക് അധീനമാകുന്നു ശ്രുതിയെ അത് ശരിയല്ല ശ്രുതിയെ അങ്ങനെ വ്യാഖ്യാനിക്കരുത് നമ്മളറിഞ്ഞ കാര്യങ്ങളെല്ലാം അശ്രുതിയിലുണ്ടെന്ന് പറഞ്ഞ് ഭൗതികമായി വ്യാഖ്യാനിക്കരുത് അങ്ങനെ ചെയ്യുന്നുണ്ട് പലരും ഇച്ഛാതന്ത്രമാക്കരുത് എന്റെ ഇച്ഛയ്ക്ക് അധികനമായി കളയരുത് സ്വതന്ത്രതാണ് എന്തുകൊണ്ട് സ്വതന്ത്ര ശ്രുതി ശ്രുതി സ്വതന്ത്രയാണ് ശ്രുതി അതിന്റെ അർത്ഥത്തെ പ്രകാശിപ്പിക്കുക അങ്ങനെ സ്വീകരിക്കുന്നു ശ്രുതിയെ സമീപിക്കുമ്പോ തൻ്റെ ഉള്ളിലിരിക്കുന്നത് ശ്രുതി അടിച്ചേൽപ്പിക്കാനല്ല ശ്രുതി എന്താണോ പ്രകാശിപ്പിക്കുന്നതിനെ കണ്ടെത്താൻ വേണ്ടിയായിരിക്കും അതുകൊണ്ടിവിടെ അണ്ടജം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നെന്താ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കും നമ്മുടെ രീതി അങ്ങനെയല്ല നമ്മുടെ ഉള്ളിൽ എന്താണോ ഇരിക്കുന്നത് അത് എന്നറിയാനാണ് നമ്മൾ ശ്രുതി പരിശോധിക്കുന്നത് അത് അന്വേഷണ രീതിയല്ല നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് നമ്മൾ സ്വയം വെളിപ്പെടുത്തിയാണോ നമ്മൾ അറിഞ്ഞതും പഠിച്ചതും അതിന് ശ്രുതി എന്തിനാ സ്വീകരിക്കുന്നു കാര്യമില്ല ആറ്റമ്പുണ്ടാക്കുന്ന വലിയ ശ്രുതിയിൽ നിന്നാണ് എന്ന് പറയുന്നത് വെറും പൊങ്ങാച്ചും പറിച്ചിടങ്ങി അത് നിച്ഛാതന്ത്രമാകുന്നു ശ്രുതിയെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് കാരണം ശ്രുതിയോടുള്ള എൻ്റെ കടപ്പാടുണ്ട് ആ വിവരം ഇനി ശ്രുതിയിലെല്ലായിരുന്നു കഴിഞ്ഞാൽ ശ്രുതിക്ക് അതൊരു ന്യൂനതയാകുമല്ലോ എന്ന് കരുതി താൻ അതുകൂടെ അധികം കൂടിച്ചേർക്കുന്നു അതുകൂടെ കിട്ടാൻ വേണ്ടി ശ്രുതിയെ വ്യാഖ്യാനിക്കുന്നു അത് ശരിയല്ല സ്വതന്ത്ര അത് ശ്രുതി ശ്രുതി സ്വതന്ത്രയാണോ അങ്ങനെ ഒന്ന് കൂട്ടിച്ചേർക്കരുത് അത് എന്താണോ അതിൻ്റെ താല്പര്യം അതിനെ അത് വെളിപ്പെടുത്തുന്നു ശ്രദ്ധയുള്ളവനത് ഗ്രഹിക്കാം യോഗ്യതയുള്ളവനത് ഗ്രഹിക്കാം അതിന് സ്വായത്തമാകാം അല്ലാത്തവന് അത് സാധ്യമല്ല അതുകൊണ്ട് ശ്രുതിയെ സംബന്ധിച്ച് ഭക്ഷ്യകാരന്റെ നിലപാട് ഇതാണ് സ്വതന്ത്രാത് ശ്രുതി ശ്രുതി സ്വതന്ത്രയാണ് യഥാഹ അതുകൊണ്ട് ശ്രുതി പറഞ്ഞു എന്താ മനസ്സിലാക്കേണ്ടതെന്ന് നോക്കുക അതുകൊണ്ട് പറഞ്ഞു അണ്ടജമാണ് ബീജം അണ്ടമല്ല ബീജം മുട്ടയല്ല പിന്നെയോ കോഴിയാണ് എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു ദൃശ്യത ആണ്ടജാദ്യ കോഴികളില്ലാതെ വന്നാൽ പിന്നെ ലോകത്ത് മുട്ടയും ഇല്ലാതെ വരും എവിടെയെങ്കിലും ഒരു മുട്ട ശേഷിച്ചാലും ശരി അതാണ് ആണ്ടജാതി ഭാവീ കോഴിയില്ലാതെ വന്നുകഴിഞ്ഞാൽ മുട്ടയിടുന്ന ജീവികളില്ലാതെ വന്നു കഴിഞ്ഞാൽ തജാതിയ സന്തപ്തി കോഴികളെ ഇല്ലാതെയാവും മുട്ട മാത്രം ഇരുന്നു കഴിഞ്ഞാൽ പറ്റുമോ ഇല്ല അതുകൊണ്ട് അതിന് ബീജമായി പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് മുട്ടയുണ്ടാകുന്നു അതിൽ നിന്ന് വീണ്ടും കോഴിയുണ്ടാകുന്നു വീണ്ടും മുട്ടയുണ്ടാകുന്നു ഈ പരമ്പര നടക്കുന്നു അതുകൊണ്ട് അണ്ടജാ കോഴിയിൽ നിന്ന് കോഴിയുണ്ടാകും മുട്ടയിലൂടെ വീണ്ടും അത് ആവർത്തിക്കുന്നു അങ്ങനെ അങ്ങനെ അങ്ങനെ ഇത് തുടർന്നു പോകുന്നു അതുകൊണ്ട് അതാണ് ശരിക്കുള്ള ബീജം തഥാ ജീവാജാതം ജീവജം ജരായുജം എത്തിയത് പറഞ്ഞിരിക്കുന്നത് അണ്ടജം ജീവജോ ജീവജോന്ന് വെച്ചാണ് ജരായുജം പുരുഷ പുരുഷപദികളുടെ മൃഗങ്ങളും മറ്റും ഇവിടെ ഉദ്ഭിജം സ്ഥാപനങ്ങളിൽ നിന്നുണ്ടായത് ഉദ്ജ്ജം ഉദ്ഭിന്നെ പിളർക്കുന്നു ഭൂമിയെ പിളർക്കുന്നു ഭൂമിയെ പിളർന്നിട്ട് അത് ജനിക്കുന്നു അതുകൊണ്ട് തന്നെ ഉദ്ഭിജം എന്ന് പറഞ്ഞു സ്ഥാപനം തദ്വി തോജാതി പറയാം വിത്തുകൾ അത് ഉദ്ഭിജമാണ് തോജാതി അതിൽ നിന്നുണ്ടായത് ഉദ്ബിജം സ്ഥാപനം സ്ഥാപന ബീജം സ്ഥാവരബീജംന്നാണോ ഈ സ്ഥാപനങ്ങൾ വൃക്ഷാദികളും മറ്റും ഉണ്ടായത് അതാണ് ഉദ്ബിജം എന്ന് പറയുന്നത് ഇങ്ങനെ പിളർന്നു വരുന്നു പൊട്ടിപ്പിളർന്നു വരുന്നത് ഭൂമി വൃക്ഷങ്ങളും മറ്റും അങ്ങനെയാണ് ഭൂമിയെ പിളർന്നുകൊണ്ട് വരുന്നത് അതുകൊണ്ടുതന്നെ ഉദ്ബിജം എന്ന് പറയുന്നത് അണ്ടജ ഉദ്ജ്യവരെയോ യഥാസംഭവം അന്തർഭവ അച്ചരിടത്ത് ഇതുകൂടെ പറയും സംശം സംശോകം ഉഷ്ണം അതിൽ നിന്നുണ്ടാകുന്നു ചൂട് കൊണ്ടുണ്ടാവുന്നു എന്താ ചാണകവും മറ്റും കൂട്ടിയിട്ടെന്ന് കഴിഞ്ഞാൽ അതിലൊരു ചൂടുണ്ടാവും അതിൽ നിന്ന് പ്രാണികളുണ്ടാവുന്നു പ്രാണി ഉണ്ടാവുന്ന വെച്ചാൽ ചാണകത്തിൽ നിന്നുണ്ടാകുന്നില്ല അതിന് ഒരു ജീവികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു അതിനനുസരിച്ച് പ്രാണികൾ അതിൻ്റെ ബീജത്തെ അവിടെ നിക്ഷേപിക്കുന്നു അതിലൊന്ന് പുതിയ പ്രാണികളുണ്ടാകും അല്ലാതെ ഉഷ്ണത്തിൽ നിന്നുണ്ടാകും ബീജമില്ലാതെ ഉണ്ടാകുന്നു എന്നർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കുന്ന അതിൽ നിന്ന് സേതുജ വേർപ്പിൽ നിന്നുണ്ടാകും പേനും മറ്റും ഉണ്ടാകും അദ്ദേഹത്ത് ചെള്ളു പേന ഇങ്ങനെയൊക്കെ അങ്ങനെ വേർത്ത കാലതുണ്ടാവുന്നില്ല വേർപ്പുണ്ടാകുമ്പോൾ അഴുക്കുണ്ടാകും അഴുക്കുണ്ടാകുമ്പോൾ ഈ സൂക്ഷ്മജീവികൾക്ക് അതിൻ്റെ രണ്ടത്തെ മുട്ടയിടുന്നതിന് മറ്റും അവസരം കിട്ടും അവിടെ നിന്നത് തെറ്റി പെരുകുന്നു അതുകൊണ്ട് സ്വേതജം അല്ല വേർപ്പിൽ നിന്നുണ്ടാകുന്നു എന്നുള്ള വേർപ്പിൽ നിന്നൊന്നും ഉണ്ടാകത്തില്ല നാറ്റം ഉണ്ടാകും സംശയോചൌ ഊഷ്ണത്തിൽ നിന്നും അങ്ങനെ അപ്പോൾ അതൊക്കെ അനുകൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിക്കുമ്പോൾ അവിടെ നിന്ന് ജീവന്മാരുണ്ടാകുന്നു അതുകൊണ്ടാണ് സേജ സേതജം സംശോകജം പക്ഷെ ഇത് അല്ലാതെയും വ്യാഖ്യാനിക്കുന്നുണ്ട് വേർപ്പിയിൽ നിന്ന് ഇത് ചെള്ളു പേന ഒക്കെ ഉണ്ടാകുന്നു ഉഷ്ണത്തിൽ നിന്ന് മോട്ട എന്താ ആ മൂട്ട കൊതുകൊക്കെ ഉണ്ടാകുന്നു ഒക്കെ അബദ്ധമാണ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അതിനെ ഉദ്ദേശിക്കുന്നതിൻ്റെ സാഹചര്യം ജരായുവിൽ എന്ന് വെച്ചാൽ എന്താണോ ജരായു ഗർഭസ്ഥ ശിശുവിന് ആവരണം ചെയ്യുന്ന ചർമ്മം അതിൽ നിന്നാണോ ഉണ്ടാവുന്നതല്ല ആ ബീജത്തിൽ നിന്നാണ് ഉണ്ടായി പക്ഷെ ആ ജന്മ ജീവൻ മാതൃഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നത് നിന്നാണ് അതുപോലെ അണ്ടത്തിൽ നിന്നാണ് എല്ലായിടത്തും അതിൻ്റെ ബീജത്തെയാണ് ഉദ്ദേശിക്കുന്നത് ആ ബീജത്തിന് സ്ഥിതി ചെയ്യുന്നതിനും ജന്മത്തെ പ്രാപിക്കുന്നതിനുമെല്ലാം സഹായകമായ സാഹചര്യങ്ങളാണ് ഈ പറയുന്നത് അണ്ണം എന്നെല്ലാം പറയും ഹി അവധാരണം തിരുനവ ബീജാനീത്യുപന്നം ഭതി അതുകൊണ്ടാണ് ഇവിടെ പ്രധാനമായും മൂന്നായി തിരിക്കുക ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാകുന്നു നീ പറയുന്നത് കാണുന്നതിനും സമാധാനം പറയുകയും കാണുന്ന കാഴ്ചയെ ഉപേക്ഷിച്ചിട്ട് അദ്വൈതം പറയാൻ പറ്റത്തില്ല അത്രയും ശ്രദ്ധാലു വേണമെങ്കിൽ തരും നീ തത്വമസി ബ്രഹ്മാസ്മി നീ സത്തേവാ സിക്ക് സത്ത് തന്നെയായിരുന്നു അനന്ത സുഷുത്തിയിൽ സത്തായിരുന്നവനാണോ ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ തത്ത്വത്ത പറഞ്ഞുകഴിഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളാൻ പ്രയാസമാണ് എന്തുകൊണ്ട് ഈ ലോകത്തെ കാണുന്നു ജീവൻ ഈ ലോകത്ത് നിന്ന് പലതും മനസ്സിലാക്കുന്നു അറിയുന്നു സംസ്കാരം ലോകത്തിന്റെ സംസ്കാരമാണ് ആ പഞ്ചായത്തിൻ്റെ സംസ്കാരം ആർക്കുമല്ല ആരുമില്ല അപ്പൊ ലോകത്തിന്റെ സംസ്കാരമനുസരിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാനും ചിന്തിക്കാനും സാക്ഷാത്കരിക്കാനും പറ്റും അങ്ങനെയുള്ള ജീവനോട് ഈ തത്വത്തെ പറഞ്ഞാലങ്ങനെ ഗ്രഹിക്കും അതുകൊണ്ട് അവൻ കാണുന്ന ലോകത്തെ വിശദീകരിക്കുന്നു വിശദീകരണം കുറ്റമറ്റതൊന്നും ആയിരിക്കില്ല തൽക്കാലം അവന്റെ ജിജ്ഞാസയ്ക്ക് സമാധാനമായിട്ട് മാത്രം ഇങ്ങനെയൊക്കെയാണ് ഈ ലോകം ഇനി ലോകത്തിലേക്ക് നോക്കുക ഇവിടെയും നിനക്ക് മനസ്സിലാകും ആചാരം പണം വികാരവും നമുധേയം സത്യം ഞാൻ പറയാൻ പോകുന്ന ഈ സത്യം അതിന്റെ പരിണാമം തന്നെയാണ് ഈ ലോകം എന്ന് ലോകത്തിലും മനസ്സിലാകും അതിനു വേണ്ടിയിട്ടാണ് ഇത് വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെയൊന്നും ആവശ്യം ഇവിടെയില്ല सेम देवदा, देवदा अनेन ക്ഷതാഹമാസ്രോ അനേ ജീവേനത്മനുപ്രശ്യ നാമ ൂപയാകരവാണീതി സേം പ്രകൃത സദാഖ്യോ തേജോബന്നോർ യഥാപൂർവം ബഹുസ്യാം ആ ദേവത സങ്കല്പിച്ചു ഞാൻ പലതാകട്ടെ നേരത്തെ പറഞ്ഞുകൊണ്ട് തേജോപന്നങ്ങൾക്കും കാരണമായിരിക്കുന്ന സൃഷ്ടിക്കും കാരണമായിരിക്കുന്ന ദേവതാ സേ്യം ഈക്ഷത എന്താണ് ബഹുസ്യം പലതാകട്ടെ സങ്കല്പിച്ചതുപോലെ തദിവ ബഹുഭവനം പ്രയോജനം ആദ്യമേനെ സങ്കല്പിച്ചാൽ പലതാകട്ടെ പക്ഷെ പലതാകാൻ പറ്റിയില്ല ഇവിടെ തേജോ വന്നം വരെ എത്തിയോ നദ്യവൃത്തം വീണ്ടും സങ്കല്പിച്ചു ബഹുഭവനമേവ പ്രയോജന പുരട്ടീകൃതി പലതാകാൻ വേണ്ടി ഒന്നിനു പലതാകണം കഥം യുവാഹമിമാ യഥോക്തേ ോ ദേവത അനേന ജീവനേലി സ്വബുദ്ധിസ്ഥം പൂർവ സൃഷ്ടി അനുഭൂതം പ്രാണധാരണം ആത്മാനമേവ സ്മരൻ ജീവനാത്മന അങ്ങനെ സങ്കല്പിക്കുകയാണ് ഭാവന ചെയ്യുകയാണ് അസത്ത് ഇതിനെല്ലാം സൃഷ്ടിച്ച സത്യം എന്താണ് ഇതാനിപ്പോൾ इमा യഥുക്ത തേജ അധ്യാ തിസ്രോ ദേവത അനേന ജീവനിൽ സ്വബുദ്ധിസ്ഥം ഈ രൂപത്തിൽ അങ്ങനെ വരുന്നു പൂർവ്വസൃഷ്ടി അനുഭൂതം എന്നേ അതിന് സമാനം പറയാൻ പറ്റും എന്തുകൊണ്ട് പശുവായി എന്തുകൊണ്ട് പക്ഷിയായി എന്തുകൊണ്ട് ഈ ശരീരങ്ങൾ സൃഷ്ടിച്ചു എന്തുകൊണ്ട് ഈ ശരീരത്തിൽ പ്രവേശിച്ചു എന്തുകൊണ്ട് വേറെ രൂപമായില്ല ഇതെല്ലാം പറയുന്ന ഈ ഭൂർ ലോകത്തെ കാര്യമാണോ പറയുന്നു വേറെ ഏതെങ്കിലും ലോകത്തിൽ വേറെ ഏതെങ്കിലും രൂപം ഉണ്ടായിക്കാം പക്ഷെ ഇവിടുത്തെ കാര്യം പറയും അങ്ങനെ സങ്കല്പിച്ച് അതാത് രൂപത്തെ പ്രവേശിക്കും പക്ഷിയാകുന്നു ആ ദേവത അതങ്ങനെ പശുവും പക്ഷിയൊക്കെ എന്തും ഉണ്ടാവും വേറെന്തെങ്കിലും ഒന്നും ഉണ്ടായിക്കൂട പറയുന്നു സ്വബുദ്ധിസ്ഥം പൂർവ്വസൃഷ്ടി അനുഭൂതം ഇതെല്ലാം തൻ്റെ ബുദ്ധിയിൽ സംസ്കാര രൂപത്തിലുണ്ട് ഇതെല്ലാം പൂർവ്വ സൃഷ്ടിയിൽ അനുഭവിച്ചതാണ് ഈ രൂപങ്ങളെല്ലാം ഈ ഭാവങ്ങളെല്ലാം പശു പക്ഷിഭാവങ്ങളെല്ലാം അതിൻ്റെ ബുദ്ധിയിലിരിക്കൊണ്ട് സംസ്കാര രൂപത്തിലിരിക്കസനാരൂപത്തിലിരിക്ക സഹായത്തോടുകൂടി ആ ദേവത ദർശിക്കുന്നു സങ്കല്പിക്കുന്നു പക്ഷിമൃഗാദി ഭാവങ്ങൾ എന്നിട്ടാ ഭാവത്തിലേക്ക് അത് പ്രവേശിക്കുന്നു ആ ഭാവത്തിലായിത്തീരുന്നു ഒരു പാത്രം ഉണ്ടാക്കിയിട്ട് അതിന് വെള്ളം നിറയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു പാത്രം ഉണ്ടായി കഴിയുമ്പോൾ അതിന് വായു നിറയുന്നതുപോലെ അല്ലെങ്കിൽ ഒരു പാത്രത്തിന്റെ സൃഷ്ടിയോടൊപ്പം തന്നെ അത് ആകാശസഹിതമായിത്തീരുന്നത് പോലെ ഈ ശരീര സൃഷ്ടി വരും അതിനുവേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് ആ സത്തായിരിക്കുമ്പോൾ താനെങ്ങനെ ഈ സ്ഥിതിയിലെത്തിച്ചേരുന്നു ആ സത്തും താനും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ അതിന് സമാനം പറയണം അതങ്ങനെ സംഭവിച്ചു പൂർവ്വ സൃഷ്ടി അനുഭൂതം പൂർവ്വ സൃഷ്ടിയിൽ എന്ന് വെച്ചാൽ പൂർവ്വകൽപ്പത്തിൽ അനുഭവിച്ചത് സമഷ്ടിയിലാ പൂർവ്വകൽപ്പം എന്ന് പറയുന്ന യുഗങ്ങൾക്ക് മുമ്പ് അതാണ് സമഷ്ടിയില പൂർവ്വകൽപ്പം ബഷ്ടിയില പൂർവ്വകൽപ്പം എന്ന് പറയുന്നത് ഈ സുഷുതിക്ക് മുമ്പുള്ള ജാഗ്രതാണ് സുഷൃതിയിൽ ഏകീഭവിച്ച് ഏകനായി സർവദുഖനർമുക്തനായിരുന്നു പക്ഷേ ആ സുഷുതയിൽ തന്നെ എങ്ങനെയോ അപൂർവകത്വസ്മരണ ഉണ്ടാവും അത് തന്നെ ജാഗ്രത എങ്ങനെ പൂർവ്വ ജാഗ്രതയിലാ സ്മരിക്കുന്നുമില്ല അവിടെ അഹന്തയെക്കുറിച്ച് അഹംസ്ഫുരണവും ഉണ്ടാവും ഈദസ്ഫുരണവും ഉണ്ടാവും ശരീര സ്കംഭം ഉണ്ടാവും താൻ ഇന്നാരാണ് ഉറക്കത്തിന് മുമ്പ് താൻ ഇന്നാരനായിരുന്നു വളർന്നപ്പോഴും താൻ ഇന്നാരാണ് താൻ പുരുഷനാണെങ്കിൽ പുരുഷനാണ് പശുവാണെങ്കിൽ പശുവാണ് സ്ത്രീയാണെങ്കിൽ സ്ത്രീയാണ് ഇത്തരത്തിൽ പൂർവ സൃഷ്ടിയെ സ്മരിച്ചുകൊണ്ട് വീണ്ടും ജന്മം സുഷിത്വയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുന്നു പുനർജന്മം പക്ഷെ പൂർവ്വസൃഷ്ടിയെ അനുഭവിച്ചുകൊണ്ടുള്ള പുനർജന്മം സാധാരണ മരണം അങ്ങനെയല്ല അവിടെ പൂർവ്വസൃഷ്ടിയെ അനുഭവിക്കാതെയുള്ള സ്മരിക്കാതെയുള്ള ജന്മമാണ് രണ്ടും തമ്മിൽ വ്യത്യാസം സുഹൃത്തി മരണം തന്നെ ഒരു സംശയമില്ല സുഹൃത്തിയിൽ ഈ ശരീരത്തോടുള്ള എല്ലാ ബന്ധവും വിട്ടു മരണം എന്ന് പറയുന്നത് എന്താണ് ഈ ശരീരത്തോടുള്ള ബന്ധം വിടുന്നു എൻ്റെ പേരെന്താ സുഹൃത്തിയിരുന്നു ആ ബന്ധം സുഹൃത്തില്ലാരും ആ ബന്ധത്തെ സൂക്ഷിക്കുന്നില്ല പക്ഷേ വീണ്ടും ഈ ബന്ധമുണ്ടാവും കൽപ്പം അന്തത്തിൽ എല്ലാം വിലയിച്ചു എല്ലാം അവസാനിച്ചു പക്ഷെ അടുത്ത കൽപ്പത്തിൽ വീണ്ടും ഈ ബന്ധമുണ്ടാവും അപ്പോ ഇതാരോ ഉണ്ടാക്കുന്ന ജീവൻ തന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ ജീവൻ എവിടുന്നാറും ഉണ്ടായി കൂറുജൻ കൽപ്പത്തിലേറും ആ അറിവുകൊണ്ട് പുതിയ ശരീരത്തിലേക്ക് അവൻ താതാന്വം പ്രാപിക്കുന്നു അതുതന്നെ ജാഗ്രതയിലേക്ക് വരുമ്പോൾ അവനും എന്ത് ചെയ്യുന്നു ആ പൂർവ്വ ശരീരത്തെ വിട്ട് സൃഷ്ടിയിലേക്ക് പോയിരുന്നെങ്കിലും വീണ്ടും ജാഗ്രതയിലേക്ക് വന്നു വീണ്ടും ഒരു ശരീരത്തെ സ്വീകരിക്കുന്നു അവിടെ കൽപ്പാന് ശേഷം സ്വീകരിക്കുന്നത് വേറെ ശരീരമാണല്ലോ സുർത്തിക്ക് ശേഷം സ്വീകരിക്കുന്നത് അതേ ശരീരമാണല്ലോ ഒന്നും സംശയിക്കരുത് തുഴുത്തിക്കി നിന്നുമ്പോണ്ടായിരുന്നു ശരീരമെല്ലാം സൂസ്തിക്ക് ശേഷം ശരീരം മാറുന്ന ശരീരം പ്രദക്ഷിണം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രദക്ഷിണം പരിണമിക്കുന്നതിന് ഒരു ക്ഷണത്തിന് അടുത്ത ക്ഷണം പറ്റത്തില്ല ആ പ്രണാമത്തിന്റെ വേഗതയും സഹജമായ ഭാവം കൊണ്ട് പരിണാമഭേദത്ത് നമുക്ക് അറിയാൻ പറ്റില്ല ഇന്നലത്തെ ഞാനല്ല ഇന്നറിയാൻ മറിച്ച് ഇന്നലത്തെ ഞാൻ തന്നെയാണെന്ന് എന്ന ശരീരാഭിമാനത്തോടുകൂടി അതിനെ തന്നെ വാസ്തവതല്ല ഇന്നലത്തെ ഞാനല്ല ഇറങ്ങുന്നതിന് മുമ്പ് ഞാനെങ്ങനെയായിരുന്നു അതിനും വൃദ്ധനായി ഉണർന്നു കഴിഞ്ഞു അങ്ങനെ സംഭവിക്കും യുവാവായി അല്ലെങ്കിൽ ബാലനായി ഇതെല്ലാം സംഭവിക്കും ഇവിടെ രണ്ടുപേരുപോല സ്വബുദ്ധ്യസ്ഥം ഇനി എന്താ ബന്ധപ്പെടുത്തുന്നത് സൃഷ്ടിയിൽ അവിടെ ഏകീഭവിച്ചു രണ്ടിനെയും ബന്ധപ്പെടുത്താൻ ഒന്നുമില്ലല്ലോ എന്നാൽ എവിടെ വന്നു എങ്ങനെ ബന്ധപ്പെട്ടു സൃഷ്ടിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ എങ്ങനെ അഹം ബോധം എങ്ങനെ ഇതം ബോധമോ അതിന്റെ സംസ്കാരം ഇവിടെ ഒളിഞ്ഞിരുന്നു അതിന് അജ്ഞാനം എന്നും നമുക്കറിയാൻ അജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെ നമുക്കറിയാൻ പറ്റില്ല എന്തുകൊണ്ട് നമുക്കറിയാൻ വയ്യ അത് ഈശ്വരൻ്റെ നീ സിഡ രഹസ്യങ്ങൾ ഈശ്വരനെ അറിയാം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഈ ദേവതകൾ ഈ സൃഷ്ടിയിലേക്ക് പ്രവേശിച്ചു ശരീരങ്ങളിലേക്ക് പ്രവേശിച്ചു കൽപ്പത്തിൽ നിന്നും അടുത്ത കൽപ്പത്തിലേക്ക് പ്രവേശിക്കുന്നു സുഷുതയിൽ നിന്നും അടുത്ത ജാഗ്രത പ്രവേശിക്കുന്നത് പോലെ പുറ സൃഷ്ടിയാണ് ഭൂതം പ്രാണധാരണ ആത്മാനമയോ സ്മരന്തിനേന ജീവനാത്മനീതി പ്രാണധാരണ കർത്രീതി വചന സ്വാത്മനോ അമ്പിതിരീക്തേന ചൈതന്യസ്വരൂപ അവിശിഷ്ട ജന്മം എന്ന് പറയുന്ന എവിടെ സംഭവിക്കുന്ന പ്രാണധാരണ ഈ ശരീരത്തിൽ മരണമെന്ന് പറയുന്നത് പ്രാണമോചനം എവിടെ നിന്ന് ഈ ശരീരത്തിൽ നിന്ന് അവിടെ പ്രാണധാരണമെന്ന് പറയുന്നത് അവിടെ സ്മരിക്കുന്നത് ആഹാ അനേന ജീവനതാ ഞാൻ ഈ ജീവഭാവത്തിൽ ഈ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അത് പറയുന്നുണ്ടല്ലോ ജീവനെന്നുള്ള ശബ്ദം പ്രവേശിച്ചില്ലെങ്കിലും പറയുന്നുണ്ട് ഓരോ ജീവനും എന്താണ് ഞാനിതായി ശരീരത്തിൽ ഞാനിവിടെ ഞാൻ ഇതായി തന്നെ ഇരിക്കുന്നു എന്നും പറയാം ഞാനിതായി ശരീരമായിരിക്കുന്നു എന്തായാലും തൻ്റെ സാന്നിധ്യം ഈ ശരീരത്തിൽ അവൻ അറിയുന്നു അത് പൂർവ്വകൽപ്പത്തിൽ നിന്ന് ഈ കല്പത്തിൽ വന്നറിയുന്നു പൂർവ്വ ജാഗ്രതയിൽ നിന്ന് ഈ ജാഗ്രത്തിൽ വന്നു അറിയുന്നു പ്രാണധാരണ കടത്തറ ആത്മന ഇന സ്വപ്ന അഭ്യതിരിക്തേന ശരീര സ്വരൂപത അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ചൈതന്യസ്വരൂപം തന്നെ സ്വാത്മാവിൽ നിന്ന് അഭ്യതിരിക്തമാണ് പക്ഷെ അവിടെ ഈ അജ്ഞാനം കൊണ്ട് പ്രാണധാരണം കടത്തിടത്തും തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നത് അനുപ്രവിശ്യ തേജോപന്ന ഭൂതമാത്ര സംസർഗേണ ലബ്ധവിശേഷ വിജ്ഞാന നാമച രൂപം ച അങ്ങനെ അനുപ്രവേശിച്ചിട്ട് തേജോപന്ന ഭൂതമാത്രം കൊണ്ട് ബന്ധം കൊണ്ട് ഭൂതമാത്ര സംസർഗേണ ലബ്ധവിശേഷ വിജ്ഞാന അതാണ് ജീവന്റെ ഈ അവസ്ഥ ജീവന്റെ അവസ്ഥയുടെ പ്രത്യേകതാണ് ലബ്ധവിശേഷ വിജ്ഞാന ഇവിടെ അവന് വിശേഷ വിജ്ഞാനമാണ് ഞാൻ നീ പ്രപഞ്ചം ബന്ധം മോക്ഷം എല്ലാത്തിനും അറിയുന്നതാണ് വിശേഷ വിജ്ഞാനം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്ന ഭൂതമാത്രാ സംസം കൊണ്ട് അവനെ പറയാൻ കാരണം ഭൂതമാത്രകൾ പഞ്ചഭൂതമാത്രകൾ അതിന്റെ സംസർഗം ബുദ്ധിരൂപത്തിലുള്ള സംബന്ധം നമ്മുടെ ബുദ്ധിയുണ്ട് മനസ്സുണ്ട് അതുകൊണ്ട് ഇവിടെ ഇതിനെല്ലാം അറിയുന്നുജ്ഞാനമുള്ളവനായി തീരുന്നു സ്വരൂപവിജ്ഞാനം നശിക്കുന്നു സ്വരൂപവിജ്ഞാനം വിശേഷ വിജ്ഞാനം ഭൂതസംസർഗം കൊണ്ടുണ്ടാകുന്നതാണ് വിശേഷ വിജ്ഞാനം സ്വരൂപവിജ്ഞാനം സ്വയം പ്രകാശിക്കുന്നത് അപ്പോൾ ജീവന വിശേഷ വിജ്ഞാനമുള്ളവനായിത്തീരുന്നു നാമചരൂപഞ്ചനാമരൂപാകരവാണി വിസ്പഷ്ടം ആകരവാണി അസൗ നാമ അയം ഇതം രൂപ വ്യാഖ്യാം അവൻ നാമരൂപങ്ങളെ ഗ്രഹിക്കുന്നു ആത്മാവിനെ വിസ്മരിക്കുന്നു ആ നാമരൂപങ്ങളെ ഗ്രഹിക്കുന്ന രീതിയാണ് ഇവിടെ പറഞ്ഞത് എങ്ങനെ ഗ്രഹിക്കുന്നു സൃഷ്ടിയിൽ സൃഷ്ടിയിലൂടെ കടന്നുപോയി മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് സൃഷ്ടി ആരാണ് സൃഷ്ടിച്ചത് എങ്ങനെ സൃഷ്ടമായി സൃഷ്ടിയിലെത്താൻ ആരാണ് അത് അദ്വൈതത്തിനൊരു പ്രധാന ചോദ്യമാണ് താൻ ആരാണ് അത് സൃഷ്ടിയെ വർണ്ണിച്ചുകൊണ്ട് തന്നെ വെളിപ്പെടുത്തുന്നു സൃഷ്ടിയിൽ നിന്നും മാറി നിന്നിട്ടല്ല സൃഷ്ടിയെ കണ്ടുകൊണ്ട് ഗ്രഹിക്കുക ഈ സൃഷ്ടിയിൽ ആരാണ് ഈ സൃഷ്ടിയിൽ തന്റെ തൻ്റെ ഭാഗം ജീവഭാവമാണ് അജീവഭാവത്തിൽ ഇത് സംഭവിച്ചു അനുപ്രവേശം സംഭവിച്ചു അങ്ങനെ അതിലൂടെ അവനെ അദ്വൈതത്തിലെത്തിക്കുന്നു അനുപ്രവേശത്തിൽ വന്ന ഈ ജീവഭാവം പരമാർത്ഥത്തിൽ അനുപ്രവേശത്തിന് കാരണമായിരിക്കുന്ന അസത്വം ആണ് എന്നിങ്ങനെ ബോധിപ്പിക്കുന്നു നിസ്പഷ്ടസു മാമ ഐതം രൂപ ഇതെല്ലാം നമ്മുടെ ഈ ജാഗ്രത അനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ അദ്വൈതത്തെ നേരിട്ട് ബോധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തെ പൂർണ്ണമായും അവഗണിച്ചിട്ടല്ല പ്രപഞ്ചത്തെ വിശദീകരിച്ചുകൊണ്ട് പ്രപഞ്ച വിശദീകരണത്തിലൂടെ ബോധിപ്പിക്കുന്നു പക്ഷേ പ്രപഞ്ചത്തിന്റെ വിശദീകരണം അദ്വൈത ബോധത്തിന് ആവശ്യമുള്ളു മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ അല്ലാതെ ചെയ്യുന്നില്ല പ്രപഞ്ചത്തെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല ഭൗതികത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ല പ്രപഞ്ചത്തെ പോയത് ആത്മാവിനെ ഗ്രഹിക്കുന്നതിന് പ്രപഞ്ചത്തിന്റെ പഠനം എത്രമാത്രം ആവശ്യമാണോ അത്രമാത്രം ചെയ്യുന്നു അതി കൂടുതൽ അതുകൊണ്ടാണ് ഈ രീതി പറയുന്നത് ഇവിടെ ജീവൻ സാധാരണ ജീവ ഭിന്നമായ സർവ്വ വിഷയങ്ങളെയും ഗ്രഹിക്കുന്നു മനസ്സിലാക്കുന്നു പഠിക്കുന്നു മനനം ചെയ്യുന്നു അതിനെ സംബന്ധിച്ച നിഗമനങ്ങൾ അത്വൈതവിടെ എന്താ ബോധിപ്പിക്കുന്നത് ജീവൻ ജീവനെ കുറിച്ച് ചിന്തിക്കുക ജീവനെ കുറിച്ച് മനനീ ജീവനെ കുറിച്ചുള്ള നിഗമനത്തെ ജീവഭാവം എന്ന് പറയുന്നത് സൃഷ്ടിയിലൂടെ സംഭവിച്ചതാണ് അതുകൊണ്ട് ജീവനെ കുറിച്ചുള്ള മനനത്തിന് സൃഷ്ടിയെ കുറിച്ചുള്ള മനനം ഒഴിവാക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് സൃഷ്ടിയെ പ്രതിപാദിച്ചുകൊണ്ട് ജീവനെക്കുറിച്ച് മനനം ചെയ്യുന്നത് സൃഷ്ടിയിലൂടെ മനസ്സിലാക്കുക അല്ലാതെ പ്രപഞ്ചത്തെ പൂർണ്ണമായും നിഷേധിച്ചിട്ട് മാത്രമല്ല ജീവനെ വെളിപ്പെടുത്താൻ ശ്രമിച്ചു അങ്ങനെ വിശദീകരിച്ചു കൊണ്ടുപോയ ജീവേന ആത്മനാനുപ്രവിശ്യ നാമരൂപരമാണ് ജീവരൂപത്തിൽ പ്രവേശനം ചെയ്തു നാമരൂപങ്ങളെ സൃഷ്ടിക്കുന്നു അതിനുവേണ്ടി അത് ചെയ്തു തന്നെ ഇവിടെ സാധാരണ ചോദിക്കുന്ന ചോദ്യം ചോദിക്കും സ്വാതന്ത്ര്യ ആവശ്യം എന്താണ് ഇതെന്താണ് അസംസാരിയാണ് സർവജ്ഞനാണ് ഈ ദേവത അങ്ങനെ സർവജ്ഞനായിരിക്കുന്ന നിത്യമുക്തനായിരിക്കുന്ന അസംസാരിയായിരിക്കുന്ന ഈ ദേവത സ്വയംബോധത്തോടുകൂടി ബുദ്ധിപൂർവ്വം അനേക അനർത്ഥാശ്രയം ഇവിടുത്തെ അനർത്ഥങ്ങളുടെ എണ്ണം പറഞ്ഞറിയിക്കാൻ അങ്ങനെ അനേകമായ അനന്തമായ അനേക ശതസഹസ്ര അനർത്ഥം അനർത്ഥങ്ങളുടെ ആശ്രയമായിരിക്കുന്ന ഈ ദേഹം അതിനനുപ്രവേശിച്ച് അതിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞു ഈ ദേഹം എന്ന് പറയുന്നത് മനുഷ്യനെയും പശു പക്ഷിയാദികളുടെയും എല്ലാം ദേഹത്തിൽ പ്രവേശിച്ചു എന്ന് പറയും ഇതെന്തിനു വേണ്ടി ദുഃഖം അനുഭവിക്കാമീ എന്നിട്ട് കരുന്ന് ഞാൻ ദുഃഖത്തെ അനുഭവിക്കും നിത്യമുക്തനായിരിക്കുന്നവൻ എന്തിനീ ദേഹത്തിലെല്ലാം അനുപ്രവേശിച്ച് എന്തിനീ ദുഃഖത്തെ അനുഭവിക്കണം ഇത് സങ്കല്പനം എങ്ങനെ സങ്കല്പിക്കുക അനുപ്രവേശം വീണ്ടും ജീവനാത്മന ജീവരൂപത്തിൻ്റെ ഈ ശരീരത്തിൽ പ്രവേശിക്കുക ഇതെല്ലാം എന്തിനു സ്വാതന്ത്ര്യസ്ഥിതി സർവജ്ഞനാണല്ലോ സർവ്വശക്തനാണല്ലോ കേവല നിത്യമുക്തനാണല്ലോ ചെസ് റൂവനാണല്ലോ അങ്ങനെയുള്ള ആ ചിതാത്മാവ് എന്തിനാ ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്നു എന്തിനീ സംസാരം സാറിന് ചോദിക്കുന്നത് ചോദ്യമോ ദേവൻ എന്തിനീ നശിച്ചവനെ സൃഷ്ടിച്ചു എന്തിനെ സൃഷ്ടിച്ചു സാറിന് ചോദിക്കുന്ന അത് എന്നെവിടെയും ചോദിക്കുന്നു ആവശ്യം തോന്നുന്നു ഈ സൃഷ്ടിയുടെ ഇതെന്തിനും ഇനി മറ്റാരെങ്ങനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി സ്വയം സ്വീകരിച്ചിരിക്കുകയാണ് അനുപ്രവിശ്യ എന്തിനീ കഷ്ടതയിലേക്ക് വന്നു നിത്യമുക്തനായിരിക്കുന്ന ആത്മാവ് സ്വയം ദുഃഖത്തെ എന്തിനു സ്വീകരിച്ചു നിത്യമുക്തമായൊരു ചോദ്യമാണ് പറയുന്നു നിങ്ങളുടെ ചോദ്യം ശരിയാണ് സത്യമേവും കുറച്ചത് ശരിയുണ്ട് പൂർണ്ണമായും ശരിയാണ് നിത്യമുക്തനായ ഈശ്വരൻ ഇതിലേക്ക് വന്നു എന്ന് പറയുന്നതിന് കുറച്ചൊരു കഴമ്പുണ്ട് യീശ്വരനെയോ അപകടയല്ല രൂപ യും സങ്കൽപ്പതിർവശക്തനുമായിരിക്കുന്ന ആ ഈശ്വരൻ ജീവഭാവത്തിൽ സ്വയം അനുപ്രവേശിച്ചു അവൻ ജീവനായി സർവജ്ഞൻ ജീവനായി സർവശക്തൻ ജീവനായി അവന് സർവജ്ഞതയും സർവശക്തവും എല്ലാം നഷ്ടപ്പെട്ടു നിത്യമുക്ത നഷ്ടപ്പെട്ടു എന്നൊന്നും കരുതല്ല സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്നവൻ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും നിത്യമുക്തനായിരിക്കുന്നവൻ എന്നും നിത്യമുക്തനായി തന്നെയിരിക്കുന്നു അവന് ബന്ധനമില്ല അവനങ്ങും പ്രവേശിച്ചിട്ടുമില്ല അതൊന്നും സംഭവിച്ചിട്ടില്ല സ്വേന അപകൃതണ രൂപേണ ഈ ഒരു മാറ്റം വരാത്ത സ്വസ്വരൂപത്തിൽ സ്വത്തോ അപരോക്ഷമായി അത് സദാ പ്രവേശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു പിന്നെ ഇതെല്ലാം അനുപ്രവിശയം അവൻ എങ്ങനെ കരുതുന്നില്ല ഞാനിത് അനുപ്രവേശിക്കുന്നു ഞാൻ ഈ ദുഃഖത്തെ അനുഭവിക്കുന്നു അതൊന്നും അവൻ കരുതുന്നില്ല എന്ന സങ്കല്പവതി സങ്കല്പിത അങ്ങനെയുള്ള സങ്കല്പങ്ങളൊന്നും അവിടെയില്ല പരമാത്മാവ് നിർഗുണനായ പരമാത്മാവ് എങ്ങനെ ഗുണമായ സൃഷ്ടിക്ക് കാരണക്കാരനായി ആ ചോദ്യത്തിന് വേറെ രീതി ചോദിക്കുന്നു പറയുന്നു അങ്ങനെ കാരണക്കാരനായിട്ടില്ല നിർഗുണം നിർഗുണമായി തന്നെയിരിക്കുന്നു അതിന് സംഭവിച്ചിട്ടില്ല സംസാരം ആത്മാവിന് സംഭവിച്ചിട്ടില്ല പിന്നെന്തിനാ സംസാരത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്നു അതിന്റെ ആവശ്യമില്ല വ്യാകുലതയുടെ ആവശ്യമില്ല അത് ആത്മാവൻ സംഭവിച്ചിട്ടില്ല അത് അസംസാരിയായി തന്നെ അപകടതേന്ന് അതുതന്നെ ഇരിക്കുന്നു സംഭവിച്ചതോ സംഭവിച്ചതാ നിത്യമുക്തനായിരിക്കുന്ന ആത്മാവിനല്ല പത്തം തറി പിന്നെങ്ങനെ അന ജീവനാത്മനുപ്രവേശിച്ചു വയ്ക്കുന്നത് ഇവിടെ പ്രത്യേകം പറയുന്നു പരമാത്മാഭാവത്തിലല്ല അനുപ്രവേശം നടത്തിയത് ജീവഭാവത്തിൽ മായ കൊണ്ട് സംഭവിച്ച ഒരു രൂപാന്തരം അതാണ് അനുപ്രവേശം അത് അനുപ്രവേശം മായാമയമാണ് പരമാർത്ഥമല്ല അതിൽ അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല അജ്ഞാനകാര്യമായ ജീവന്റെ അനുപ്രവേശത്തിൽ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല ഇതാണ് അദ്വൈതത്തിൻ്റെ സവിശേഷം എന്തെങ്കിലും സംഭവിച്ചു അഴുക്ക് പറ്റി കുളിക്കുക എന്ന് പറയല ചെയ്തു അതാണ് ദ്വൈതസമ്പ്രദായം നിങ്ങൾ കഴുക്ക് പറ്റിയിരിക്കുന്നു നിങ്ങൾ കുളിച്ചുപിടുത്തിയാകും അല്ലെങ്കിൽ അഴുക്ക് ദുർഗന്ധത്തെ ഉണ്ടാകും എന്ന് പറയുന്നു അത് പറയുന്നതനുസരിച്ച് പറ്റി കുളിച്ചാലേ പറ്റും കുളിച്ചില്ലെങ്കിൽ അഴുക്ക് ദുർഗന്ധത്തെ ഉണ്ടാകും ഇവിടെ അതല്ല പറയുന്നത് അഴുക്ക് പറ്റിയിട്ടേ പത്മപത്രം വിവാംബസ് ആത്മാവിലൊന്നും സംഭവിച്ചിട്ടില്ല അതാണ് അദ്വൈതം എളുപ്പമായിരിക്കുന്നു ഗ്രഹിക്കുന്നവന് അനായാസമായിരിക്കുന്നു അതുകൊണ്ടാണ് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നാ ഇത്ര അനായാസവും ലളിതവുമായി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആശങ്കകളും ഭയവുമെല്ലാം ഉണ്ടാകും ഇത്രയേ ഉള്ളൂ അപ്പം ഇതിനെന്താ എന്താ ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ ഒരുപാട് അഭ്യാസങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് പ്രതീക്ഷത്തോടുകൂടിയാണ് ആശ്രമത്തിൽ ഒന്നും ഇവിടെ വന്നപ്പോൾ ഇവിടെ പറയുന്നു ഇവിടെ ഒന്നുമില്ല ഇതിനൊന്നും ഒരു കാര്യമില്ല എന്തുമില്ല മോശമില്ലെന്ന് പറയും ആശ്രമത്തിലാള് പറയും ഞാൻ പറയുന്നില്ല ഇന്നൊരാളിനോട് പറയും ഇങ്ങനെ അദ്ദേഹം പഠിച്ചുപോയ ആശ്രമത്തിൽ ആൾക്കാർ കുറയുന്നു എന്റെ കുറ്റമല്ല ശങ്കരാചാര്യ തകരാറന ജീവേനാത്മനാ അങ്ങനെ പറയുന്നു സത്യം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു സത്യത്തെ അനായാസമായി ബോധിപ്പിക്കാൻ പറയും അത് അതിന് അതൊന്നും ലൗകികമായോ ഒന്നുമായിട്ടും ഭൗതികമായോ ഒന്നുമായിട്ടും അത് സന്ധി ചെയ്യുന്നില്ല തത്വത്തെ നേരിട്ട് വെളിപ്പെടുത്തുന്നു അപ്പം അതിനെ വ്യവഹാരവുമായി നമ്മളെ കൂട്ടിക്കൊഴിക്കരുത് വ്യവഹാരം അതുമായിട്ട് ബന്ധമുണ്ട് വ്യവഹാരം അവനവന്റെ സ്വഭാവവും രീതി സംസ്കാരവും സാഹചര്യം അനുസരിച്ച് പോകും അതിന് തത്വുമായിട്ട് ബന്ധമില്ല തത്വദൃഷ്ടി അതാണ് ശ്രുതി നമുക്ക് തരുന്നത് വ്യവഹാരം ജീവിതം അത് അവനവന്റെ സംസ്കാരം അനുസരിച്ച് അതുകൊണ്ട് അങ്ങനെ ഭയക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ തത്വത്തെ വെളിപ്പെടുത്തും ഇങ്ങനെയാണ് തത്വം അനായാസമാണ് അപരോഷമാണ് സാക്ഷാത്താണ് എന്ന് പറയും അനേന ജീവനാത്മന അനുപ്രവിശ്യം അപ്പോ തത്വത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്തിന് നിഗുണമായ പരമപവിത്രമായിരുന്ന ഈ ആത്മാവ് ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി എന്തിനേ ബന്ധത്തിൽപ്പെട്ടു എന്തിനേ ഭാവത്തെ പ്രാപിച്ചു പറയുന്നു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അതിന് സംഭവിച്ചിട്ടില്ല അവിടെ അത് സംഭവിച്ചിട്ടില്ല അതാണ് സ്വീന അപകൃത രൂപേണ് അപകൃതമായ രൂപത്തിൽ അത് ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും പിന്നെ ഇതൊക്കെ സംഭവിച്ചത് അതിനല്ല ബന്ധമില്ല മോക്ഷമില്ല അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ ഓർത്ത് വിനപിക്കേണ്ട കാര്യമില്ല അതിനെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല അതിനെ പരിതപിക്കേണ്ട കാര്യമില്ല അത് ബന്ധത്തിൽ പെട്ടില്ലല്ലോ പിന്നെ അത് എന്തിനു ബന്ധത്തെ സ്വീകരിച്ചു എന്നെന്തിന് ചോദിക്കുന്നു എന്തിനത് ബന്ധത്തിൽ പെട്ടു എന്നാണ് ചോദിക്കുന്നത് ബന്ധത്തിൽപ്പെടാത്തതിനെ കുറിച്ച് അങ്ങനൊരു ചോദ്യം നൽകുന്നില്ല യതി ശിവനാകൃതിർവീണാനുപ്രവേശയും ദുഃഖാനുഭവിയും വിധിജ സങ്കല്പിതും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെയോ കഥ ദൃഹ്യാനീന ജീവേനാത്മനാനുപ്രവേശം ഇതെല്ലാം ഈ ജീവതലത്തിലാണ് മനസ്സിലാകുന്നല്ലോ ഇത് ഒന്ന് പരമാർത്ഥതം മറ്റൊന്നും വ്യാവഹാരികമായ കാര്യം ഇതിന്റെ മധ്യത്തിലാണ് തത്വനില എന്ന് പറയുന്നത് തത്വനിലയിൽ നിന്നുകൊണ്ട് രണ്ടിനെയും കാണും പരമാർത്ഥം എന്താണ് വ്യവഹാരം എന്താണ് അനുഭവം എന്താണ് സത്യം എന്താണ് മിഥ്യെന്താണ് തത്വത്തിൽ നിന്നുകൊണ്ട് കാണും അപ്പം സംശയം വരത്തില്ല വൈരുദ്ധ്യം വരത്തില്ല ഇതിന്റെ രണ്ടിന്റെ ഏതെങ്കിലും ഒരു തലത്തിൽ നിന്നുകൊണ്ട് കാണാൻ പോയി കഴിഞ്ഞാൽ വൈരുദ്ധ്യം വരും മിഥ്യയുടെ തലത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ കുഴപ്പമാണ് സത്യം ഏത് മിഥ്യ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല മിഥ്യയ്ക്ക് നേരെ വിപരീതമായ സത്യം അവിടെ നിന്നുകൊണ്ട് കാര്യം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് ശരിയാകത്തില്ല മറിച്ച് തത്വനിലയിൽ നിന്ന് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന തത്വനിലയെന്ന് പറയുന്നത് എന്താണോ ഇതിനെ സമന്വയിപ്പിക്കുന്നതാണ് ഈ സത്യം എന്ന് പറയുന്നതിനും മിഥ്യ എന്ന് പറയുന്നതിനെയും സമന്വയിപ്പിക്കുന്നതാണ് തത്വം ബന്ധത്തെയും മോക്ഷത്തെയും മനസ്സിലാക്കി തരുന്നതാണ് പരമാർത്ഥത്തെയും വ്യവഹാരത്തെയും മനസ്സിലാക്കി തരുന്നതാണ് തത്വം നില അദ്വീതം മനസ്സിലാക്കുന്നത് തത്വം നിലയിൽ നിന്നും ഉണ്ടായി അപ്പോൾ ഈ തരം സംശയങ്ങൾ ആശങ്കകൾ ഭയം ഇതെല്ലാം അവിടെ ഇല്ലാതാവും അല്ലെങ്കിൽ എന്താണോ സത്യത്തിൽ നിന്ന് നിങ്ങൾ നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ മിഥ്യയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല മിഥ്യയിൽ നിന്ന് നോക്കുമ്പോൾ സത്യം പിടികിട്ടത്തില്ല ആശയക്കുഴപ്പം ഇതെങ്ങനെ ശരിയാകും രണ്ടിനും എന്താണ് സമന്വയിപ്പിക്കുന്നതാണ് തത്വം ആ തത്വ നിലയിൽ അദ്വൈതത്തിൽ വൈരുദ്ധ്യം ഇല്ലെങ്കിൽ വൈരുദ്ധ്യം ഉണ്ടാകും ആശയക്കുഴപ്പമുണ്ടാകും അപ്പോൾ ആ ഭക്ഷ്യകാരൻ അതിനെ വിശദീകരിക്കുമ്പോൾ ആ തത്വത്തിൻ്റെ നിലയിലാണ് ആ നമ്മുടെ ക്ലേശങ്ങളില്ല തത്വ നിലയിൽ നിന്ന് കാണുമ്പോൾ ഇത് ഈ തത്വത്തെ ഗ്രഹിക്കുന്നത് ഒരു ആശങ്കയും മനസ്സിൽ വരേണ്ട കാര്യമില്ല അതുകൊണ്ട് ആ തത്വം നിന ഇവിടെ ആണ് തത്വനിഷ്ഠ എന്നെല്ലാം പറയുന്നത് ശബ്ദത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ ശബ്ദത്തിലാണ് നമ്മൾ വ്യത്യാസത്വം ഉണ്ടാകുന്നത് നമ്മളൊരു അനേന ജീവൻ ആത്മന അനുപ്രവേശ്യ പറഞ്ഞിട്ടേ ജീവഭാവത്തിലാണ് അനുപ്രവേശം പരമാർത്ഥ ഭാവത്തിലല്ല അനുപ്രവേശത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നു പരമാർത്ഥത്തിൽ അത് സംഭവിച്ചിട്ടില്ല ജീവോഹി നാമദേവതായ ആഭാസ മാത്രം ഈ ജീവൻ എന്ന് പറയുന്നത് എന്താണ് ആ ദേവതയിലെ ഒരു പ്രതീതി അച് സമുദ്രത്തിലെ ഒരു തരംഗം അതാണ് ജീവൻ എന്ന് പറയുന്നത് ആ തരംഗത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇതാ സമുദ്രത്തിനെ എങ്ങനെ ബാധിക്കുന്നു ഒരു തരംഗത്തിൽ ഉത്പത്തിനാശങ്ങൾ ഉണ്ടായതുകൊണ്ട് സമുദ്രത്തിന് ഉത്പത്തിനാശം ഉണ്ടായത് തരംഗമാണ് ഇവിടെ അസ്വസ്ഥമാകുന്നത് തരംഗമാണ് സമുദ്രമാണ് ആ സമുദ്രത്തിന്റെ ഒരംശം മാത്രമേ ആകുന്നുള്ളൂ തരംഗം അങ്ങനെ ജീവനാമ ദൈവതായ ആഭാസം മാത്രം അത് കേവലം മാത്രം ജലത്തെ സംബന്ധിച്ചത് പ്രതീതി മാത്രമാണ് ജലം എന്നുള്ള എന്താണ് തരംഗവും ജലം തന്നെ അങ്ങനെ ഒരു പക്ഷഭേദമല്ല ഞാൻ വേറെ സമുദ്രത്തിന് അങ്ങനെ വിചാരിക്കുന്നില്ല ഞാൻ വേറെ തരംഗം വേറെ രണ്ടും അതേ ജലന്തൽ ഒരേ ജലന്തൽ ഇവിടെ ഒരേ സംയത് ഒരേ സംയത് സമുദ്രം അതിലൊരു തരംഗം അതാണ് ഈ പറയുന്ന ആഭ്യാസം പ്രതീതി അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ മൊത്തം സംയുത്തിലേക്കും ആരോപിക്കരുത് അത് മായി നിത്യമുക്തമായി അപരോക്ഷമായി തന്നെ ഇരിക്കുന്നു അതുകൊണ്ട് നേരത്തെ ചോദ്യം എന്താണ് ബുദ്ധിപൂർവ്വം മനഃപൂർവ്വം ഇങ്ങനെ ഒരു സംസാരത്തെ സ്വീകരിക്കുക സ്വീകരിച്ചിട്ട് ദുഃഖത്തെ അനുഭവിക്കുക പിന്നെ ഇതിൽ നിന്ന് മോചനത്തിന് വേണ്ടി ശ്രമിക്കുക അങ്ങനെയൊന്നും വാസ്തവത്തിൽ സംഭവിക്കുന്നില്ലെന്നറിയുന്നതാണ് തത്വബോധം അങ്ങനെ സംശയിക്കാമോ എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ സംശയിക്കാൻ പാടില്ലല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സംശയത്തിലും ഭ്രമത്തിലും നിൽക്കുന്നു അതിന്റെ മറുമരുന്നാണ് തത്വബോധം എന്ന് പറയുന്നത് തത്വബോധത്തിൽ വരുമ്പോൾ ആ സംശയങ്ങൾ ഇല്ലാതാകും പിന്നെ ആശങ്കകൾ എല്ലാം ഇല്ലാതാകുന്നു അത് വിശദീകരിക്കുന്നു ബുദ്ധിയാതിഭൂതമാത്ര സംസ്കൃത ജനത ആദർശൈവ പ്രവിഷ്ട പുരുഷപ്രതിബിംബവും ജലാധിഷ്ഠികൾ ഒരേ കാര്യം തന്നെ പലതരത്തിൽ പല ഭാവത്തിൽ വ്യാഖ്യാനിക്കുന്നു കാരണം കഷിക്കാരൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ശ്രോതാവിനെ തത്വനിഷ്ഠന അവന് ഈ സത്യത്തെയും മിഥ്യേയും തിരിച്ചറിയുക തത്വബോധത്തിൽ നിന്നുകൊണ്ട് സത്യമിഥ്യകളെ സംബന്ധിച്ചുള്ള സംശയത്തിൽ നിന്ന് വിപരീതത്തിൽ നിന്ന് അജ്ഞാനത്തിൽ നിന്ന് മോചനം നേടും അതിന് പറയണം പല പല ദൃഷ്ടാന്തം വീണ്ടും കണ്ണാടിയുടെ ദൃഷ്ടാന്തം പറയണം ബുദ്ധിയാതി ഭൂതമാത്രാ സംസർഗജനിത ബുദ്ധിയാതിഭൂതമാത്രാ സംസർഗം കൊണ്ടുണ്ടായ അതാണ് ബുദ്ധി ബുദ്ധി എന്ന് പറയുന്നത് ഭൂതമാത്രകളാണ് പഞ്ചഭൂത തന്മാത്രകൾ കുടിച്ചേർന്നാണ് ബുദ്ധി അതിന്റെ ബന്ധമുണ്ടായി അതിന്റെ ബന്ധം കൊണ്ടുണ്ടായി എങ്ങനെ ആദരിച്ച് ഇവ പ്രകൃഷ്ഠപ്രതിബിംബം കണ്ണാടിയിലെബിംബം പോലെ ജലാധിഷ്ഠു വച്ച സൂര്യാദ കണ്ണാടി മുമ്പിൽ ചെന്നിരുന്ന പുരുഷൻ കണ്ണാടിയിലെ തന്റെ രൂപത്തെ കണ്ടിട്ട് വിലപിക്കുന്നുവെന്നാണ് കണ്ണാടിയില തന്റെ രൂപത്തിന് വൈരുപ്യം കാണുന്നു താൻ സുന്ദരനാണ് പക്ഷേ തന്റെ പ്രതിബിംബത്തിന് വൈരുപ്യം കാണുന്നു എന്തുകൊണ്ട് അത് കണ്ണാടിയുടെ വൈരുപ്യമാണ് കണ്ണാടിയിലെ അഴുക്കാണെന്ന് തന്റെ മുഖത്ത് കാണുന്നത് തന്റെ മുഖത്തല്ല പക്ഷേ അത് തിരിച്ചറിയാൻ പറ്റുന്നു ബാലൻ അവിവേകി ആണെങ്കിൽ എന്തു ചെയ്യും അതിനോട് തഥാ നീപ്പെട്ടിട്ട് കുറയും എന്റെ മുഖത്ത് മുറിവ് പറ്റിയിരിക്കുന്നു എന്റെ മുഖത്ത് അഴു അഴുക്ക് പറ്റിയിരിക്കുന്നു എന്ന് സ്വയം വിലപിക്കുന്നത് പോലെയാണ് തന്റെ ബന്ധനത്തെ കുറിച്ചുള്ള ബിബു തന്റെ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം അത്രേയുള്ളൂ അത് അങ്ങനെ അറിയുന്നതാണ് തത്വബോധം എന്നാലും അതങ്ങനെ ശരിയാകും അങ്ങനെയല്ലല്ലോ എന്ന് പറയുന്നത് സംശയം ഇത് രണ്ടും തിരിച്ചറിയും എന്താണ് തത്വബോധം എന്താണ് തത്വം നിശ്ചയം എന്താണ് സംശയം അത് നമ്മുടെ ഭാഷകാരൻ വ്യക്തമാക്കും ഇത്ര പുരുഷൻ അങ്ങനെ അതിനകത്ത് പ്രവേശിച്ചോ കണ്ണാടിയിൽ പ്രവേശിച്ചോ ഇല്ല പുരുഷൻ ദൂരെ നിൽക്കുക ബന്ധനത്തിൽ പ്രവേശിച്ചു എന്നല്ലേ പറയും പുരുഷൻ കണ്ണാടിയിൽ പ്രവേശിക്കുന്നുണ്ട് പുരുഷൻ ദൂരെയ്ക്കുന്നു പക്ഷെ അങ്ങനെ ഒന്ന് സംഭവിക്കുന്നു ഒരു പ്രതീതി അത് സംഭവിക്കുന്നു ആ പ്രതീതി സംഭവിക്കാതിരുന്നുവെങ്കിൽ ഞങ്ങൾ പറയും ഇങ്ങനൊരു ചോദ്യം വരത്തില്ലല്ലോ എന്നാ അത് സംഭവിച്ചിട്ടില്ലെന്നുള്ളതാണ് പരമാർത്ഥം തൻ്റെ മുഖത്ത് അഴുക്ക് പറ്റിയിട്ടില്ലെന്നുള്ളതാണ് പരമാർത്ഥം അതറിയാനെന്താ പറയാം തന്റെ മുഖത്തും മറിവ് പറ്റിയില്ല എന്നുള്ളത് പരമാർത്ഥം തന്നെയാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ല അതിനത് സംഭവിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നതിന് എന്താ പറയുക അപ്പോൾ സംഭവിച്ചിട്ടില്ല പിന്നെ അത് പ്രതീതമാകുന്നുണ്ടല്ലോ അത് പ്രതീതി മാത്രമല്ലേ ഉള്ളൂ സംഭവിച്ചതല്ലോ തന്നെ അത് ബാധിക്കുന്നില്ലല്ലോ തൻ്റെ മുഖത്ത് അഴുക്ക് കാണുന്നില്ല അപ്പോൾ അതിനാണ് പ്രതീതി എന്ന് പറയുന്നത് സംഭവിക്കാതെ അനുഭവപ്പെടുന്നതാണ് പ്രതീതി അത് സംഭവിക്കാതെ അനുഭവപ്പെടുന്നതാണെന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ സംസാരം ഇവിടെ പിന്നെ ബന്ധനം ഇവിടെ സംസാരമില്ല ബന്ധനമില്ല ആ ബോധ്യം പറഞ്ഞു ആ ബോധ്യത്തെയാണ് തത്വദൃഷ്ടി എന്ന് പറയുന്നത് അത് ഭാഷകാരൻ പറയും ജലാധിഷ് വസൂതിയാധീന അവിടെ ആരോപിക്കുന്നു പ്രതീതിയെ അതെല്ലാം സംഭവിക്കുന്നു സ്വതേ വാസ്തവത്തിനും ശുദ്ധനായിരുന്നിട്ടും അതുകൊണ്ട് അനുപ്രവേശം പോലുള്ള കാര്യങ്ങളെ ശ്രുതി ചർച്ച ചെയ്യുമ്പോൾ തത്വബോധത്തിൽ അത് ഗ്രഹിച്ചില്ലെങ്കിൽ വീണ്ടും മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടി വരും വീണ്ടും ബന്ധത്തെ കുറിച്ച് ലഭിക്കേണ്ടി വരും ശ്രുതിക്ക് ഒരൊറ്റ താല്പര്യമുള്ളൂ തത്വം എന്താണെന്ന് മനസ്സിലാക്കിത്തരും അതൊരു ബോധമാണ് മറിച്ച് സമാധിയല്ല ഏതെങ്കിലും ഒരു സ്ഥാനത്തെ പ്രാപിക്കുന്നതല്ല അത് ബുദ്ധിയുടെ വെളിച്ചമാണ് ബുദ്ധിയുടെ അത് പറയുന്നു നിർവ്വാണത്തെ പ്രാപിച്ചു തത്വസാക്ഷാത്കാരത്തെ പ്രാപിച്ചു ആ തത്വസാക്ഷാത്കാരമാണ് നിരന്തരം ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ബോധിപ്പിക്കുന്നത് രീതി ബോധിക്കേണ്ടതും ഒരേ തത്വം പക്ഷെ അത് ബോധിക്കുന്നില്ല എന്നുള്ള മാത്രം ബോധിക്കുന്നില്ല എന്ന് ഭ്രമിക്കും ബോധിച്ചിട്ട് ബോധിച്ചോ എന്ന് സംശയിക്കും മറ്റെന്തോ ഒക്കെ ബോധിച്ചു എന്ന് കരുതുന്നു സംഭവിക്കുന്നു പിന്നെ അതിന് എന്തായാലും ഒരു കാര്യം എന്തോ ഒരു ആശയക്കുഴപ്പൂടെ സംഭവിച്ചിരിക്കുന്നു കാരണം അതാണ് തത്വം എന്ന് നിസ്സംഗം ബോധിപ്പിക്കുന്നതിന് കഴിയുന്നില്ല അപ്പോ എന്തോ ഒരു തകരാർ അവിടെ ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു തകരാറിനെ വീണ്ടും കല്പിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അജ്ഞാനം അല്ലെങ്കിൽ മായ എന്ന് പറയുന്നത് അത് ഉണ്ടായിട്ടില്ല അങ്ങനെ ഇതിനെ ഇതിന്റെ പരമാർത്ഥത്തെ ബോധിപ്പിച്ചിട്ടും ആർക്കെങ്കിലും അങ്ങനെ തോന്നുകയാണെങ്കിൽ ഓ എനിക്കത് ബോധിക്കുന്നില്ല അവർക്ക് വേണ്ടി മാത്രമാണ് മായ അത് സർവ്വസാധാരണമുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അജ്ഞാനം അല്ലെങ്കിൽ മായ എന്തുകൊണ്ട് തത്വത്തിൽ അതില്ല തത്വത്തിൽ മായ അല്ലെങ്കിൽ അജ്ഞാനം അങ്ങനെ ഒന്നില്ല അത് ഉണ്ടെന്ന് വരികയാണെങ്കിൽ പറയുന്നു അചിന്തിയ അനന്ത ശക്തിമുത്യ ദേവതായ ബുദ്ധ്യതിസംബന്ധ ചൈതന്യാസോ ദ വിവേകുഖി ദുഃഖിമൂഢ ഇനേക വികല്പേതു ഛാമാത്രേണീവ ജീവരുപേണ അനുപ്രവിഷ്ടൈഹുഖുഃഖാതി പരമാണീതരഹസ്യമതാണോ പരമാർത്ഥത്തിൽ സംസാരമില്ല അനുപ്രവേശമില്ല പരമാർത്ഥത്തിൽ കേവലമായ സത്ത് മാത്രം താൻ ആ സത്താണ് ജീവനല്ല എന്നറിയുക അതാണ് ശ്രീതി ബോധിപ്പിക്കുന്നത്